പ്രിയപ്പെട്ടവരെ നമ്മൾ പറഞ്ഞു വന്നത് എബ്രാർ കെതി ലേഖനം അതിൻ്റെ മൂന്നാമത്തെ അധ്യായത്തിൽ നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് പടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു എന്നാണ് ഇവിടെ നമ്മളൊരു ഓട്ടക്കളത്തിലാണ് നിൽക്കുന്നത് ഓട്ടക്കളമെന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് അതിൻ്റെ മുകളിലത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം ഓടുക ഈ ഓട്ടമെന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുള്ളത് പോലെ ഒരു ഹൺഡ്രഡ് മീറ്റേഴ്സ് ഡാഷല്ല ഒരു നൂറ് മീറ്റർ ഓട്ടമല്ല പിന്നെന്തായത് ഇത് വേണമെങ്കിൽ ഒരു മാരത്തോൺ ഓട്ടമാണെന്ന് പറയും മാരത്തോൺ ഓട്ടമെന്ന് പറയുമ്പോൾ വളരെ ദീർഘദൂരമുള്ള ഒരു ഓട്ടമാണ് ഒരാൾ ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ടു എന്നിരിക്കട്ടെ തൊണ്ണൂറാമത്തെ വയസ്സിലാണ് അയാൾ അയാളുടെ ഇഹലോകത്തിലെ ഓട്ടം തേയിക്കുന്നത് എങ്കിൽ എത്രയോ വർഷം അയാൾ മുന്നോട്ട് ഓടേണ്ടതായിട്ടുണ്ട് നമ്മൾ ഈ മാരത്തോൺ ഓടുമ്പോൾ അവിടെ എപ്പോഴും ഒരേ സ്പീഡിലല്ല പോകുന്നത് മറിച്ച് എന്താ ചിലപ്പോൾ ഇരുപതോ ഇരുപത്തൊന്നോ മൈല് അവരോടുമ്പോൾ ആ ഓട്ടത്തിൽ ഒരേ സ്പീഡ് നൂറ് മീറ്റർ ഓട്ടത്തിലെ പോലെ പാലിക്കാനായിട്ട് കഴിയില്ല എന്നാൽ അവരത് പൂർത്തിയാക്കുന്നു നമ്മുടെ ജീവിതത്തിലും ഈ ക്രിസ്തീയ ജീവിതം ഒരു ഓട്ടക്കളത്തോട് ഉപമിച്ച് നമ്മൾ ദീർഘവർഷങ്ങൾ നമ്മൾ ഓടുമ്പോൾ എപ്പോഴും നമുക്കൊരേ പോലെയുള്ള ഉത്സാഹം പ്രായോഗികമായിട്ട് നിലനിർത്താനായിട്ട് കഴിഞ്ഞു എന്ന് വരികയില്ല കണ്ടോ ഞാൻ പറഞ്ഞത് ദൈവജനം എപ്പോഴും വളരെ പ്രാക്ടിക്കലാണ് പ്രാക്മാറ്റിക്കാണ് അത് യാഥാർത്ഥ്യത്തോട് ബന്ധപ്പെട്ടായിരിക്കുന്നു വേണമെങ്കിൽ ഒരു സൂപ്പർ സ്പിരിച്വൽ ആംഗിളിൽ നമുക്ക് പറയാം ഇവിടുന്ന് ഒരു ഓട്ടം തുടങ്ങിയാൽ എന്ത് വേണം ഒട്ടും ഒരു നിമിഷം പോലും എങ്ങും പുറകോട്ട് പോകാൻ അതേ സ്പീഡ് തന്നെ പാലിക്കണം എന്നൊക്കെ പറയുന്നതാണ് വളരെ ആത്മീയമെന്ന് തോന്നും പക്ഷേ അത് ചിലപ്പോൾ യാഥാർത്ഥ്യവുമായിട്ട് ചേർന്ന് നിൽക്കുകയില്ല നമുക്ക് തന്നെ അറിയാമല്ലോ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ വർഷങ്ങൾ ഓടുമ്പോൾ എപ്പോഴും നമുക്ക് ഒരേപോലുള്ള സ്പീഡ് സൂക്ഷിക്കാനായിട്ട് കഴിയില്ല ഇവിടെ ഇതാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദൈവോജനം വളരെ പ്രായോഗികമാണെന്ന് പറഞ്ഞത് അതുകൊണ്ടിവിടെ ദൈവോജനം പറയുന്നു നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ അപ്പോൾ എന്തു ക്ഷീണം വരാം മടുപ്പ് വരാം മടുപ്പ് വരാം അങ്ങനെ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ നിങ്ങൾ എന്ത് വേണം അഥവാ അങ്ങനെ ക്ഷീണിച്ചും എടുത്താൽ എന്തു വേണം നമ്മൾ കർത്താവിനെ ധ്യാനിക്കണം നമ്മൾ മുമ്പിൽ നേരത്തെ പറഞ്ഞ പോലെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കിയാണല്ലോ ഓടുന്നത് അങ്ങനെ ഓടുമ്പോൾ അങ്ങനെ ഓടുമ്പോൾ യേശുവിനെ നമ്മൾ ധ്യാനിക്കണം കർത്താവിനും എന്ത് പറ്റി കർത്താവും മുന്നോട്ട് വന്നപ്പോൾ തൻ്റെ ജീവിതത്തിൽ പല വിധത്തിലുള്ള തനിക്കെതിരെ ശത്രുതകൾ വന്നു തനിക്കെതിരെ ഒറ്റപ്പെടുത്തലുകൾ വന്നു തനിക്കെതിരെ പരിഹാസങ്ങൾ വന്നു തന്നെക്കുറിച്ച് ഗൂഢാലോചനകൾ നടത്തുന്ന ആളുകളുണ്ടായിരുന്നു ഇങ്ങനെയെല്ലാം തനിക്ക് നേരിട്ട പല വിധത്തിലുള്ള അങ്ങനെയുള്ള വിരോധം സഹിച്ച ഒരു കർത്താവാണ് നമ്മുടെ മുമ്പിലുള്ളത് പക്ഷേ ആ വിരോധങ്ങളൊക്കെ ഉണ്ടായിട്ട് കർത്താവ് എന്ത് എന്ത് എന്ത് സംഭവിച്ചില്ല കർത്താവ് തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന ഓട്ടം കർത്താവ് അത് പൂർത്തിയാക്കി അങ്ങനെയുള്ള കർത്താവിനെ നമ്മൾ എന്തോ വേണം ധ്യാനിച്ചു കൊള്ളണം എങ്കിലേ ഈ ഓട്ടക്കളത്തിലെ ക്ഷീണവും മടുപ്പും നമുക്ക് മാറ്റാനായിട്ടേ കഴിയുള്ളൂ കഴിയുള്ളു ഇതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറയുന്നത് കർത്താവ് നമുക്ക് മുന്നോടിയാണ് എന്നുള്ള ആ ഒരു കാര്യം കർത്താവ് തൻ്റെ ദൈവത്വത്തിലല്ല താന് ദൈവത്വത്തിൻ്റെ അവകാശങ്ങൾ ഉരിഞ്ഞു വച്ച് മനുഷ്യത്വത്തിൽ നമുക്ക് തുല്യനായിട്ട് വന്നു ൻ നാലിൻ്റെ പതിനഞ്ചിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ അവിടുന്ന് സകലത്തിൽ നമുക്ക് തുല്യനായി അങ്ങനെയുള്ള കർത്താവ് വിരോധം എങ്ങന അതിനെ സഹിച്ചതെങ്ങനാ തീർച്ചയായിട്ടും ഒരു ദൈവത്വത്തിൻ്റെ എന്തോ ഒരു വലിയ ഒരു അദൃശ്യ ശക്തി കൊണ്ടല്ല മറിച്ച് എങ്ങനെ താന് പിതാവിനോട് പിതാവിനോടുള്ള ബന്ധത്തിൽ ദൈവമേ തന്നെ കരഞ്ഞും പ്രാർത്ഥിച്ചും നിലവിളിച്ചും അവരോട് തന്നെ വിരോധിക്കുന്നവരോട് വൈരാഗ്യം തോന്നാതെയും അവിടെ ദൈവത്തിൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിവർത്തിച്ചും ഒക്കെ തന്നെ പോകാനായിട്ട് താൻ ദൈവത്വത്തിൻ്റെ അവകാശങ്ങൾ എടുക്കാതെ മനുഷ്യത്വത്തിൽ തന്നെയാണ് താൻ ആ ഓട്ടം പൂർത്തിയാക്കിയത് അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത് താന് തന്നെ ധ്യാനിച്ച് തന്നിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നത് ഈ ഒരു കാര്യം പലപ്പോഴും നമ്മൾ ഊന്നിപ്പറയാറുണ്ട് നമുക്ക് വളരെ വേഗത്തിൽ പോകാം പാപികളാൽ തനിക്ക് നേരിട്ട് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ നമ്മൾ ധ്യാനിക്കണം കർത്താവിനും എതിർപ്പുണ്ടായി നമുക്കും എന്തുണ്ടാകും നമുക്കും എതിർപ്പുണ്ടാകും കർത്താവ് അത് പറഞ്ഞിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കർത്താവ് നമുക്ക് ചില മോഹന വാഗ്ദാനങ്ങൾ തന്ന് യാഥാർത്ഥ്യവുമായിട്ട് നിരക്കാത്ത ചില മോഹന വാഗ്ദാനങ്ങൾ തന്നിട്ട് കടന്നുപോയ ഒരാളല്ല ഇന്ന് പല നേതാക്കളും എന്താ പല മോഹന വാഗ്ദാനങ്ങൾ നൽകും രാഷ്ട്രീയക്കാരൊക്കെ രാഷ്ട്രീയ നേതാക്കളുമൊക്കെ കണ്ണല്ലാത്തതെല്ലാം പൊന്നാക്കി തരാമെന്നൊക്കെ പറയും പക്ഷേ പ്രായോഗിക തലത്തിൽ വരുമ്പോൾ അങ്ങനെയൊന്നും നടക്കുകയില്ല കർത്താവ് എന്നാൽ കർത്താവ് പോകാൻ നേരത്തെ പറഞ്ഞു എന്താ പറഞ്ഞത് ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട് കഷ്ടമുണ്ട് എന്നെ എന്നെ അനുഗമിച്ചാൽ നിങ്ങൾക്ക് ഒരു കഷ്ടവും ഉണ്ടാകുകയില്ല എന്നല്ല സാമ്പത്തിക പ്രയാസങ്ങളുണ്ട് എന്നാൽ ഇന്ന് ഇന്ന് പ്രഘോഷിക്കപ്പെടുന്ന ഒരു സുവിശേഷം സമൃദ്ധിയുടെ സുവിശേഷവും ഒക്കെ പലപ്പോഴും ഈ യാഥാർത്ഥ്യത്തെ തള്ളിക്കളഞ്ഞ് ഇതിനെ ഒരു മോഹന വാഗ്ദാനം പോലെ അവക്കുന്നത് അതുകൊണ്ടാണ് നമ്മളിതിനെതിരെ സംസാരിക്കുന്നത് കർത്താവിനെ ഒരുവൻ പിൻപറ്റാനായിട്ട് ഇറങ്ങി തിരിച്ചാൽ അവന് കാര്യങ്ങളെല്ലാം വെച്ചടി വെച്ചടി കയറ്റം ആയിക്കോളും ഒരു പ്രശ്നവും ഉണ്ടാകുകയില്ല അവൻ്റെ സാമ്പത്തിക മാറും അവൻ്റെ വീടുപണി പൂർത്തിയാകും എന്നെല്ലാം ഒരു മോഹന വാഗ്ദാനം പോലെയാണ് ഇതിനെ പ്രസൻറ്റ് ചെയ്യുന്നത് എന്നാൽ യാഥാർത്ഥ്യം എന്താ കർത്താവ് എന്താ പറഞ്ഞു പോയത് കർത്താവ് അങ്ങനെയൊരു മോഹന വാഗ്ദാനമല്ല ശിഷ്യന്മാരുടെ മുമ്പിൽ വെച്ചത് അത് ശിഷ്യന്മാർ അവരെ വിഷമിച്ച് നിരാശപ്പെട്ടു എന്താ കർത്താവ് ഇത്രയും നാൾ തങ്ങളെ നടത്തിയ കർത്താവ് ഇതാ പോകാൻ പോകുന്നു അവൻ പറയുന്നു ഞാൻ നിങ്ങളെ വിട്ടു പോകുന്നു അപ്പോൾ അവർ ചോദിച്ചു നീ എവിടെ പോവുക അവർക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നാലും കർത്താവ് പറയുക പോവുക എന്നൊക്കെ പറയുന്നു ഏതാണ്ടോ സംഭവിക്കാൻ പോവുകയാണ് എന്നവർക്കറിയാം അവരവരിൽ തന്നെ നോക്കുമ്പോൾ എന്തില്ല ഒരു റിസോഴ്സും ഇല്ല ഒരു കാര്യവും അവർക്കില്ല ഈ ലോകം മുഴുവൻ അവർക്കെതിരാണ് മഹാപുരോഹിതന്മാർ അതുപോലെ തന്നെ റോമൻ സർക്കാർ എല്ലാം ഇവർക്കെതിരാണ് യഹൂദ മതം എല്ലാം എതിരാണ് ഈ എതിരുള്ള ഈ ലോകത്ത് തങ്ങളെ ഇത്രയും നാൾ നടത്തിക്കൊണ്ടു വന്ന കർത്താവിത പെട്ടെന്ന് പോകാനും തുടങ്ങുന്നു എന്ന് കേൾക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ ദുഃഖമുണ്ട് കർത്താവ് കണ്ടു നിങ്ങളുടെ ഹൃദയത്തിൽ ദുഃഖമുണ്ടെന്ന് കർത്താവ് പറഞ്ഞു എങ്കിലും കർത്താവ് എന്ത് പറഞ്ഞില്ല യാഥാർത്ഥ്യങ്ങൾ പറയാതിരുന്നില്ല നിങ്ങൾക്ക് ഭൂമിയിൽ കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മളും കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇതാണ് നമ്മൾ പിടിക്കേണ്ടത് ഇതാണ് യാഥാർത്ഥ്യം ഇതിനെയാണ് പിടിക്കേണ്ടത് ഭൂമിയിൽ നമുക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ കാരണം എന്താ കർത്താവ് ഇതിനെയെല്ലാം മാറ്റിത്തരുമെന്നല്ല ഞാൻ കർത്താവ് ലോകത്തെ ജയിച്ചിരിക്കുന്നു ജയാളിയായ ഒരു കർത്താവ് നമ്മോടൊപ്പം ഉണ്ട് അവിടത്തേക്കറിയാം താൻ എന്ത് ചെയ്യുന്നു എന്ന് അവിടുത്തേക്കറിയാം എന്നുള്ളതാണ് നമ്മൾ പിടിക്കേണ്ടതായ ആ സത്യം ഇങ്ങനെ അവനെ ധ്യാനിച്ചുകൊള്ളേ അടുത്ത വാക്യം പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല പാപത്തോടുള്ള പോരാട്ടം ആ പോരാട്ടത്തിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല എന്നാൽ ഇത് പറയുമ്പോൾ പ്രാണത്യാഗത്തോളം പാപത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ എതിർത്തു നിന്ന് ഒരുവനുണ്ട് അതാര അത് നമ്മൾ ധ്യാനിക്കുന്ന കർത്താവാണ് കർത്താവാണ് കണ്ടോ തുടർന്ന് വിനോദം സഹിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു പിന്നെ വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതത്തിലേക്കാണ് അതിനെ കൊണ്ടുവരുന്നത് നമ്മളീ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ എന്താണ് നമ്മൾ പാപത്തിൽ വീഴാതെ പാപത്തോടുള്ള പോരാട്ടത്തിൽ നമുക്ക് കർത്താവിനെയും കർത്താവിനെ നമുക്ക് ആ കാര്യത്തിൽ നമുക്ക് മുന്നോടിയാക്കാം അവിടുന്ന് പാപത്തോട് പോരാടുന്നതിൽ നമ്മൾ ഇതേ വരെ എന്തു ചെയ്തിട്ടില്ല പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല എന്നാൽ കർത്താവ് എന്തു ചെയ്തു പ്രാണനെ വിടുന്നത് വരെ എന്നിട്ട് പോലും കർത്താവ് എന്തു ചെയ്തില്ല പാപത്തോട് കോംപ്രമൈസ് ചെയ്തില്ല ഈ കാര്യമൊക്കെ പറയുമ്പോൾ പാപം കർത്താവ് കോംപ്രമൈസ് ചെയ്തില്ല എന്നൊക്കെ പറയുമ്പോൾ പലരും പറയുന്നത് അത് അത് തെറ്റായ കാര്യങ്ങളായി പറയുന്നതെന്ന് എന്നാൽ അങ്ങനെയല്ല അതാണ് യാഥാർത്ഥ്യം എന്താ ഈ പാപം പാപമെന്ന് പറയുന്നതിനെക്കുറിച്ച് ആളുകളുടെ തെറ്റിദ്ധാരണ പാപമെന്ന് വെച്ചാൽ എന്താ കർത്താവ് പാപം ചെയ്തില്ല കർത്താവ് പാപത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പം പാപമെന്ന് പറഞ്ഞാൽ അവരെന്താ വിചാരിക്കുന്നത് പാപമെന്ന് വച്ചാൽ ഈ പട്ടികപ്പെട്ട കൊലയോ വിചാരമോ അതുപോലുള്ള പാപങ്ങളാണ് അവർ ചിന്തിക്കുന്നത് എന്നാൽ പാപം എല്ലാ പാപവും പട്ടികപ്പെട്ട പത്ത് കൽപ്പനകൾ ആയാലും ശരി കൊച്ച് കൊച്ചു പാപം അങ്ങനെ അങ്ങനെ പറയാം മുക്കുമോ കൊക്കുമോ അങ്ങനെ പറയാമെങ്കിൽ അങ്ങനെയും ഏതിനെയും ഏത് പാപത്തെയും നമുക്ക് ഏതിൽ കൊണ്ടുവന്ന് വയ്ക്കാം ദൈവഹിതത്തിന് നമ്മളെ കുറിച്ചുള്ള ദൈവഹിതത്തിന് എതിരായി എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് വച്ചാൽ അത് പാപമാണ് എന്നതിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കാം ആ അർത്ഥത്തിലാണ് കർത്താവ് പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നു എന്ന് പറയുന്നത് നമ്മളിത് ആവർത്തിച്ച് പറയുന്നത് ചുറ്റുപാടും പലരും ഈ കാര്യത്തെക്കുറിച്ചൊരു വ്യക്തത ഇല്ലാതിരിക്കുന്നതുകൊണ്ട് കർത്താവിന് ഈ സാധ്യത ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഉദാഹരണത്തിന് പ്രാണത്യാഗത്തിൻ്റെ ഘട്ടം വന്നു പ്രാണത്യാഗം എന്ന് വെച്ചാൽ പ്രാണനെ ത്യാഗം ചെയ്യുന്നത് പ്രാണനെ വിട്ട് കളയുന്നത് സ്വന്തം ജീവനെ ഉപേക്ഷിക്കുന്നത് അതെവിടെ ആയിരുന്നു ഗർഷമനത്തോട്ടത്തിൽ കർത്താവിനോട് പറഞ്ഞു നീ എന്താ എങ്കിലും നിൻ്റെ ഹിതമാകട്ടെ അപ്പം ദൈവഹിതം എന്തായിരുന്നു ഈ പാനപാത്രം കുടിക്കണമെന്നുള്ളതായിരുന്നു അത് കണ്ടപ്പോൾ യേശു എന്തു ചെയ്തു പിതാവിൻ്റെ ഹിതത്തിനായിട്ട് തൻ്റെ ഹിതത്തെ ഏൽപ്പിച്ചു കൊടുത്തു എന്നാൽ അവിടെ പിതാവിൻ്റെ ഹിതം കണ്ടിട്ടും അതല്ല ഈ പാനപാത്രം നീങ്ങിപ്പോകണമെന്ന് യേശു പറഞ്ഞിരുന്നെങ്കിൽ എന്തായി പോകുമായിരുന്നു ദൈവ വിരുദ്ധമായി പോകുമായിരുന്നു പക്ഷേ കർത്താവ് അങ്ങനെ ചെയ്തില്ല അതുകൊണ്ടാണ് പ്രാണത്യാഗത്തോളം അവിടുന്ന് എന്തു ചെയ്തു അവിടുന്ന് ആ ആ നിലയിലെ പാപത്തോടെ പോരാടി നിന്നു പോരാടി നിന്നു എന്ന് ഇവിടെ പറയുന്നു പ്രിയപ്പെട്ടവരെ നമ്മളും ഇന്ന് വിജയകരമായ ഒരു ജീവിതം ജീവിക്കാൻ നമുക്കും ഇതാണ് മാർ മാർഗം എന്താ നമ്മൾ നമ്മളൊരു ദൈവഹിതത്തിനെതിരായിട്ട് തെറ്റായ ഒരു കുറച്ച് പണം സമ്പാദിക്കാനായിട്ട് നമ്മുടെ മുമ്പിൽ ഒരു പ്രലോഭനം വരികയാണെന്ന് ഇരിക്കട്ടെ വരുമ്പോൾ നമ്മൾ നമുക്കറിയാം ഇതിൻ്റെ അകത്ത് ദൈവഹിതം എന്താണ് ദൈവഹിതം ഇത് വേണ്ടെന്ന് പറയുകയാണ് പക്ഷേ നമ്മുടെ സ്വാഭാവിക താല്പര്യം ഇത് യെസ് എന്ന് പറഞ്ഞ് രണ്ട് കൈ നീട്ടി സ്വീകരിക്കാമെന്ന് നമുക്ക് താല്പര്യം അങ്ങനെ വരുമ്പോൾ അവിടെ എന്തുണ്ട് അവിടെ ഒരു പ്രാണം പോകുന്നത് ഒരു വേദനയുണ്ട് പക്ഷേ അവിടെ നമ്മൾ പ്രാണത്യാഗത്തോളം എൻ്റെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞതിനെ അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് നമുക്ക് ജയിക്കാനായിട്ട് കഴിയുന്നത് മറ്റൊരാൾക്കെതിരെ അസൂയപ്പെടാവുന്ന ഒരു രംഗം ആ രംഗത്ത് നമ്മൾ പറയുക ഇല്ല പ്രാണം പോയാലും ഞാൻ എന്തു ചെയ്യല ഈ പാപം ചെയ്യുകയില്ല കണ്ണുകൊണ്ട് മോഹിക്കാവുന്ന ഒരു രംഗം അവിടെ നമ്മൾ പറയുക അയ്യോ ഞാനെൻ്റെ പ്രാണൻ വെടിഞ്ഞാലും ഈ പാപത്തിൽ ഞാൻ വീഴുകയില്ല അപ്പം നോക്കുക പ്രാണത്യാഗത്തോളം ആ തന്നെ എതിർത്ത് നിന്ന ഒരു കർത്താവിനെ നമ്മൾ മാതൃകയാക്കുമ്പോഴേ നമുക്ക് എന്തു ചെയ്യാൻ ഒക്കെയുള്ളൂ വിജയകരമായ ഒരു ജീവിതം പാപത്തിൽ വീഴാത്ത ഒരു ജീവിതം ജീവിക്കാനായിട്ട് കഴിയുള്ളു അപ്പോൾ പാപ്രലോരോ വനങ്ങളുടെ മുമ്പിൽ അതിനെ വിജയകരമായിട്ട് അതിജീവിക്കാൻ ഇതാ ഇവിടെ ഒരു മാർഗം നമ്മൾ കാണുന്നു നമ്മളെന്തോ എന്തോ വേണ്ടത് ഓ ഞാൻ എൻ്റെ പ്രാണൻ പോയാലും ഞാൻ എൻ്റെ പ്രാണൻ പോയാലും ഈ പാപം ചെയ്യുകയില്ല എന്ന് കർത്താവിനെ നമ്മൾ അങ്ങനെ പ്രാണത്യാഗത്തോളം പാപത്തിനെതിരെ പോരാടിയ ഒരുവനെ നമ്മൾ മാതൃകയാക്കിയാൽ ആ സമയത്ത് നമുക്ക് എന്തു ചെയ്യാൻ നോക്കും വിജയകരമായ ഒരു ജീവിതം ജീവിക്കാനായിട്ട് കഴിയും അങ്ങനെയാണ് നമ്മൾ പാപത്തിൻ്റെ മേൽ ജയമുള്ള ഒരു ജീവിതം ജീവിച്ചാൽ മുന്നോട്ട് പോകുന്നത് ഇതെല്ലാം നമ്മൾ ഈ ഈ വാക്യങ്ങളെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞു എന്നെനിക്ക് തോന്നുന്നു ഞാനിത് പറഞ്ഞതിന് കാരണം പലപ്പോഴും ഈ എബ്രായ ലേഖനത്തിലെ യേശുവിൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ച് പറയുമ്പോഴാണ് അതിനെക്കുറിച്ചാണ് ചുറ്റുപാടുകളിൽ ഒത്തിരി വിമർശനങ്ങൾ നമുക്കെതിരെയുള്ളു അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു പോകുമ്പോൾ പിന്നെയും പിന്നെയും ആവർത്തിച്ച് പറയുന്നത് ഇനിയും അത് സംഭവിക്കാതിരിക്കാൻ ഞാൻ ഈ വാക്യത്തിൽ നിന്ന് വളരെ വേഗത്തിൽ അങ്ങ് മാറുകയും അടുത്ത അടുത്ത ഒരു ഘട്ടത്തിലേക്ക് പോകാം അതിൻ്റെ അഞ്ച് മുതലുള്ള വാക്യങ്ങൾ അഞ്ച് മുതലുള്ള വാക്യങ്ങൾ വേറൊരു വിഷയമാണ് പറയുന്നത് അതിൻ്റെ അഞ്ച് മുതൽ അതിൻ്റെ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ നമുക്കിങ്ങനെ വായിക്കാം അത് വേറൊരു വിഷയമാണ് മകനെ കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത് അവൻ ശാസിക്കുമ്പോൾ മുഷിയേമരുത് കർത്താവ് താൻ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സംവദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നുകളഞ്ഞുവോ നിങ്ങൾ ബാലശിക്ഷ സഹി കഴി സഹിച്ചാൽ ദൈവം മക്കളോട് എന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതെ ഇരിക്കുന്നു എങ്കിൽ നിങ്ങൾ മക്കളല്ല കൗലടയന്മാരത്രേ നമ്മുടെ ജഡസസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ ആത്മാക്കളുടെ പിതാവ് പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ അവർ ശിക്ഷിച്ചത് കുറേ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അവനോ നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത് ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല ദുഃഖകരമത്രേ എന്ന് തോന്നും പിന്നത്തേതിനോ പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ഭിക്കും പ്രിയപ്പെട്ടവരെ ഇവിടെ അതിൻ്റെ അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ പതിനൊന്ന് പൂർത്തീകരിക്കുന്നവരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഒരു വിശ്വാസിയുടെ കഷ്ടത എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് പറയുന്നത് ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ചയും ആനുഷംഗികമായിട്ട് ഇവിടെ ഇവിടെ നമുക്കറിയാം നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ളതാണ് ഇവിടെ പറയുന്ന കാര്യം എന്താ പറയുന്ന കാര്യം കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സുമടുത്ത് പോകരുത് നമ്മൾ ചില കാര്യങ്ങളിൽ മനസ്സുറപ്പിക്കണം ചില കാര്യങ്ങളിൽ സന്തോഷമായിട്ട് കാണണം ഈ കാര്യമാണ് അവിടെ പറയുന്നത് ഈ കാര്യം ഞാനൊരു ദൈവദാസനെക്കുറിച്ചാണ് കേട്ടിട്ടുണ്ട് രണ്ട് ദൈവഭൃത്യന്മാർ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന രണ്ട് ഒരാളെ എനിക്ക് വ്യക്തിപരമായിട്ടറിയും അദ്ദേഹം വളരെ വർഷങ്ങൾ ഈ കൃഷിക സത്യങ്ങൾക്ക് വേണ്ടി ആദ്യ തലമുറയിൽ നമ്മുടെ ഈ വിശ്വാസത്തിൻ്റെ ആദ്യ തലമുറയിൽ നിന്ന ഒരാളാണ് പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ ഒടുവിൽ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ നിന്ന ഒരാളാണ് അദ്ദേഹം വളരെ വർഷങ്ങൾ ദൈവത്തിനായിട്ട് നിന്നു സത്യസന്ധമായിട്ട് ദൈവത്തെ സേവിച്ചു ഒടുവിൽ താന് താന് രോഗിയായിട്ട് കിടപ്പിലായി രോഗിയായിട്ട് കിടപ്പിലായപ്പോൾ തന്നെ കാണാനായിട്ട് തൻ്റെ കൂടെ അതേപോലെ തന്നെ വിശ്വാസിയായി വർഷങ്ങൾ നിന്ന മറ്റൊരാൾ കാണാനായിട്ട് വന്നു കാണാനായിട്ട് വന്നപ്പോൾ ഇവർ രണ്ടുപേരും സ്നേഹിതരായതുകൊണ്ട് തമാശയൊക്കെ പറയും തമാശയൊക്കെ പറയും തമാശയൊക്കെ പറയുമ്പോഴും എന്താ അതൊക്കെ ദൈവോജനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പം ഈ വന്ന ആള് വന്ന ആള് അദ്ദേഹത്തിൻ്റെ പേര് തൽക്കാലം മത്തായിച്ചൻ എന്ന് പറയുക മത്തായ്ച്ചൻ ഉമ്മച്ചനെ കാണാനായിട്ട് വന്നു ഉമ്മച്ചനാണ് എന്ത് എന്ത് ചെയ്തത് കിടക്കയിലായിരിക്കുന്നത് രോഗക്കിടക്കയിലായിരിക്കുന്നത് ഉമ്മച്ചനാണ് മത്തായ്ച്ചൻ സ്നേഹിതൻ വിശ്വാസി അദ്ദേഹം കാണാൻ വന്നു കാണാൻ വന്നപ്പം ഉമ്മച്ചൻ ഇതേ വരെ ഒരു ഒരു ചെറിയ പനി പോലും വന്ന് കിടപ്പിലാകാത്ത മനുഷ്യനാണ് വളരെ ആരോഗ്യമുള്ള ഒരാളായിരുന്നു വളരെ ആരോഗ്യമുള്ള നന്നായിട്ട് അധ്വാനിക്കുന്ന നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന എനിക്ക് വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് അദ്ദേഹത്തിന് അങ്ങനെ അസുഖങ്ങളൊന്നും വന്നിട്ടില്ല എത്ര അധ്വാനമുള്ള ജോലിയും ചെയ്യാൻ കഴിവുള്ള ആളുമൊക്കെയായിരുന്നു അങ്ങനെയുള്ള ഒരാൾ ഉമ്മച്ചന ഇതാ എന്തായി കിടക്കുന്നു രോഗ രോഗക്കിടക്കേ കിടക്കുന്നു കിടക്കുന്ന കണ്ടപ്പോൾ ഈ മത്തായ്ച്ചം വന്നപ്പം ആ ഉമ്മച്ച താനങ്ങ് കിടപ്പായിപ്പോയി അല്ലേ എന്ന് തമാശ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു തന്നോട് ഞാൻ അന്നേ പറഞ്ഞില്ലേ താന് ദൈവത്തിന് വിരുദ്ധമായിട്ടൊന്നും ചെയ്യല്ലേ തമ്പുരാൻ നിന്നെ അടിക്കുമെന്ന് ഞാൻ അന്നേ പറഞ്ഞില്ലേ നിന്നോട് പറഞ്ഞില്ലേ കണ്ടോ തമ്പുരാൻ നിന്നെ അടിച്ചത് കണ്ടോ എന്ന് പറഞ്ഞു അടിച്ചത് കണ്ടോ എന്ന് പറഞ്ഞു ചിരിച്ചോണ്ടാണ് പറയുന്നത് ചിരിച്ചോണ്ടാ പറഞ്ഞത് ഉമ്മച്ചൻ ദൈവജനം നന്നായിട്ട് അറിയാവുന്ന ആളാണ് അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു മത്തായ്ച്ച ഇത് നീ പറയുന്നത് പോലെയല്ല നീ പറയുന്നതുപോലല്ല എനിക്ക് ഞാൻ ഈ രോഗക്കിടക്കിടക്കുമ്പോൾ എനിക്കെന്തുണ്ട് നിന്നേക്കാളും വ്യത്യാസമായിട്ട് അഞ്ചുകൂട്ടം കാര്യങ്ങളിൽ എനിക്കെന്തുണ്ട് സന്തോഷിക്കാനായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഭാഗമാണ് പറഞ്ഞത് ഒന്ന് എന്ന് പറയുന്നത് എന്താ ദൈവം സ്നേഹിക്കുന്നു എന്നുള്ളത് ഞാൻ ഈ കിടക്കയെ കിടക്കുമ്പോൾ എനിക്കറിയാം എന്നാൽ നീ നല്ല ആരോഗ്യമായിട്ട് നടക്കുന്നല്ലോ നിന്നെ ദൈവം സ്നേഹിക്കുന്നു എന്ന് നീ ചോദന ചെയ്തോണം മറിച്ച് പറയുക രണ്ട് എനിക്കൊരപ്പനുണ്ട് എന്നാണ് ഞാൻ ഈ രോഗക്കിടക്കേ കിടക്കുന്നത് എന്നെ കാണിക്കുന്നത് അതിൻ്റെ ഏഴാമത്തെ വാക്യം മൂ മൂന്ന് ഞാൻ ഒരു ജാരസന്തതിയല്ല കൗലടേനല്ല ദൈവത്തിൻ്റെ ഒരു ജാരസന്തതിയല്ല ശരിക്കുള്ള പുത്രൻ തന്നെയാണ് അതുകൊണ്ടാണ് തമ്പുരാൻ എന്നെ ശിക്ഷിക്കുന്നത് എട്ടാമത്തെ വാക്യം എന്നാൽ നീ എന്തോ ചിന്തിച്ചോണം നീ ചിന്തിച്ചോണം നീ ശരിയായിട്ടുള്ള സന്തതിയാണെന്നോ എന്ന് നീ ചിന്തിച്ചോണം പത്താഴ്ച എന്ന് പറഞ്ഞു മൂന്ന് നാലാമത്തേത് ഇത് എൻ്റെ ഗുണത്തിനായിട്ടാണ് പത്താമത്തെ വാക്യം അഞ്ച് ഇതിന്ന് ദൈവം എന്നെ വിടുവിക്കും എനിക്കെന്ത് കിട്ടും എനിക്ക് നീതി എന്ന സമാധാന ഫലം കിട്ടും ഇങ്ങനെ അഞ്ചുകൂട്ടം കാര്യങ്ങളിൽ എനിക്കെന്തുണ്ട് സന്തോഷമുണ്ട് എന്ന് ഈ ഉമ്മച്ചൻ പറഞ്ഞു പറഞ്ഞത് മനസ്സിലായോ പ്രിയപ്പെട്ടവർ ഈ വാക്യങ്ങളെ ഒരു വിശ്വാസി എങ്ങനെയാണ് എടുക്കുന്നത് രോഗക്കിടക്കയിലാണ് നമ്മൾ കഷ്ടതയിലാണ് പ്രയാസത്തിലാണ് പക്ഷേ ഈ കഷ്ടത നമ്മളോട് വാക്കും ഭാഷണവും കൂടാതെ വിളിച്ചു പറയുന്ന കാര്യങ്ങളുണ്ട് അതൊന്നെന്ന് പറയുന്നത് ദൈവം നമ്മളെ സ്നേഹിക്കുന്നു അതുകൊണ്ടാണ് അവിടുന്ന് അവിടുത്തേക്ക് നമ്മളിൽ സ്നേഹമുള്ളതുകൊണ്ടാണ് നമ്മളെ ഈ കഷ്ടതയിലൂടെ കടത്തിവിടുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അതാണ് ആറാമത്തെ വാക്യത്തിൽ പറയുന്നത് കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു രണ്ടാമത്തെ വാക്യം ഞാൻ ഈ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് ധൈര്യപ്പെടാനുള്ളത് എനിക്ക് സ്വർഗത്തിൽ ഒരു അപ്പനുണ്ട് എന്നുള്ളതാണ് കാരണം അതിൻ്റെ ഏഴാമത്തെ വാക്യം നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോട് എന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ അപ്പം ഒന്ന് ദൈവം സ്നേഹിക്കുന്നു രണ്ട് സ്വർഗത്തിൽ എനിക്കൊരു അപ്പനുണ്ട് മൂന്ന് മൂന്നാമത്തെ കാര്യം ഞാൻ കൗലടേയനല്ല കൗലഡേയൻ എന്ന് പറയുന്നത് പഴയ മലയാളമായതുകൊണ്ട് ഇന്ന് നമ്മൾ ഉപയോഗിക്കാത്ത ഒരു വാക്കായതുകൊണ്ട് അത്രത്തോളം വ്യക്തത കാണുകയില്ല എന്നാൽ ഇന്ന് ആധുനിക വിവർത്തനത്തിൻ്റെ ബൈബിളിൻ്റെ ഒക്കെ ആധുനിക മലയാള വിവർത്തനത്തിൽ കൗലടേൻ എന്നുള്ളത് ജാരസന്തതി എന്നാണ് പറഞ്ഞേക്കുന്നത് എന്താ ജാരസന്ധതി എന്ന് വെച്ചാൽ എന്താ ഒരു ഒരാൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ അദ്ദേഹത്തിന് കുഞ്ഞുങ്ങളുണ്ട് എന്നാൽ അദ്ദേഹത്തിൻ്റെ തെറ്റായ ജീവിതത്തിൽ ഒരു കാലത്ത് അദ്ദേഹത്തിന് എവിടെയെങ്കിലും വേറെ ഒരു തെറ്റായ ബന്ധത്തിൽ ഒരു കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞുമായിട്ട് ഇപ്പോൾ എന്തില്ല ഈ അപ്പനിപ്പം ബന്ധമില്ല അവൻ മോശമായിട്ട് നടന്നാലും ഈ അപ്പൻ പോയി അവനെ പോയി ശിക്ഷിക്കുകയില്ല അതേസമയം ഈ അപ്പൻ ആരെ ശിക്ഷിക്കും തൻ്റെ അംഗീകാരമുള്ള കുഞ്ഞുങ്ങളെ ശിക്ഷണത്തിൽ വളർത്തും അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഷ്ടതയിലൂടെ കടന്നു പോയപ്പോൾ ചിന്തിക്കാം നമ്മൾ കൗലടയന്മാരല്ല ജാരസന്ധതയല്ല പിതാവിൻ്റെ സ്വന്തം മക്കളാണ് ആ ഉമ്മച്ചെന്ന് പറഞ്ഞ ആള് തമാശയായിട്ട് പറഞ്ഞത് നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ എടാ ഞാനേ ഈ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ സ്വന്തം മകന എന്നാൽ കഷ്ടതയൊന്നുമില്ലാതെ ചിരിച്ചും കളിച്ചും നടക്കുന്ന നീ മത്തായിച്ചാ നീ ഓർത്തോണം നീ വേറെ വല്ലതും എന്ന് തമാശ പറഞ്ഞു എന്നോർക്ക് അപ്പം മൂന്നാമത്തെ കാര്യം ഒന്ന് ദൈവം നമ്മെ സ്നേഹിക്കുന്നു രണ്ട് സ്വർഗത്തിലെനിക്കൊരു പിതാവുണ്ട് മൂന്ന് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തം പുത്രനാണ് നാലെന്ന് പറയുന്നതോ നാലെന്ന് പറയുന്നത് ഇതെൻ്റെ വിശുദ്ധി പ്രാപിക്കാനാണ് പത്താമത്തെ വാക്യം ഈ ലോകത്തിലെ അപ്പന്മാർ ശിക്ഷിക്കുന്നത് എന്തിനാ കുറേ കാലത്തേക്കും തങ്ങൾക്ക് തോന്നിയതുപോലെയും തോന്നിയതുപോലെ കണ്ടോ ദൈവജനം എത്ര ബുദ്ധിയായിട്ടാണ് പറഞ്ഞേക്കുന്നത് എത്ര വ്യക്തമായിട്ടാണ് പറഞ്ഞേക്കുന്നത് ഈ ലോകത്തിലെ അപ്പൻ ഇവിടെ ഇരിക്കുന്ന അപ്പന്മാരുണ്ടല്ലോ ഈ അപ്പന്മാർക്ക് ആർക്കെങ്കിലും പറയാൻ ഞാൻ എൻ്റെ മകനെ വളരെ കൃത്യമായിട്ടും അവൻ്റെ തെറ്റിനനുസരിച്ച് മാത്രമേ ശിക്ഷിച്ചിട്ടുള്ളൂ എന്ന് പറയാനോ ആർക്കെങ്കിലും ഒരുക്കൂ ഇല്ല ദിവടെ ദൈവദനം പറഞ്ഞേക്കുന്നു ഈ ലോകത്തിലെ ജഡസസംബന്ധമായ പിതാക്കന്മാർ നമ്മളെ ശിക്ഷിച്ചപ്പം അവരെങ്ങനെ ആയിരുന്നു അവർ ശിക്ഷിച്ചത് കുറേ കാലമായിരുന്നു ശിക്ഷിച്ചത് പിന്നെന്തോ രണ്ടാമത്തെ കാര്യം അവർക്ക് ബോധിച്ചത് അല്ലാതെ ഈ ആവശ്യത്തോടുള്ള ബന്ധത്തിലല്ല ശിക്ഷിച്ചത് എന്ന് വെച്ചാൽ ഒരു കൊച്ചൻ നമ്മുടെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചൻ അവനെ കണക്കിന് പൂജ്യം കിട്ടിയപ്പോൾ അവൻ വന്ന് നമ്മളോട് അപ്പ എനിക്ക് മുഴുവൻ മാർക്കം കിട്ടിയെന്ന് പറഞ്ഞു എന്ത് ചെയ്യാ അതിൻ്റെ സ്ലേറ്റ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് പിടിച്ച് വാങ്ങിച്ചപ്പോൾ എന്താ പൂജ്യമേ ഉള്ളൂ നമ്മളെന്താ കൈ കിട്ടി ഒരു വടിയെടുത്ത് പത്തടി വെച്ചു കൊടുത്തു സത്യത്തിൽ പത്തടി കിട്ടേണ്ട കാര്യമുണ്ടോ അവൻ എന്തുകൊണ്ടാണ് പൂജ്യം കിട്ടുമെന്ന് എന്തുകൊണ്ടാണ് അമ്പകുന്നു അവനൊന്ന് ഇതിൻ്റെ ഗൗരവം ഒന്നും പറഞ്ഞു വിടാ അവനവൻ്റെ മടയത്തരത്തിൽ പറഞ്ഞതാണ് കൂടിപ്പോയാൽ ഒരടിക്കേ യോഗ്യതയുള്ളൂ നമ്മൾ അടിച്ചടിച്ച് വന്നപ്പോൾ നമ്മുടെ ദേഷ്യം കൊണ്ട് കണ്ടോ അപ്പന്മാരെ ഈ ലോകപ്രകാരമുള്ള അപ്പന്മാർ ശിക്ഷിക്കുമ്പം അവരെന്താ അവർ കുറച്ച് കഴിയുമ്പം അവരെ ആ ശിക്ഷ അവർ ചെയ്ത തെറ്റിനല്ല ശിക്ഷിക്കുന്നത് തെറ്റിനോടുള്ളൊരു അവരുടെ ഒരു രോഷം ആ ഒരു പ്രകടിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ദൈവോധനം പറഞ്ഞത് അവർ ലോകപ്രകാരമുള്ള അപ്പന്മാരെങ്ങനെയാണ് ശിക്ഷിക്കുന്നത് ബോധിച്ച പോലെയാണ് ശിക്ഷിക്കുന്നത് അല്ലാതെ ന്യായമായിട്ടല്ല ശിക്ഷിക്കുന്നതെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു കണ്ടോ ഞാൻ പറഞ്ഞു വന്നത് വ്യക്തമായോ ലോകപ്രകാരമുള്ള അപ്പന അങ്ങനെ ശിക്ഷിക്കുമ്പോൾ സ്വർഗത്തിലെ അപ്പനോ നമ്മുടെ തെറ്റിനു മാത്രമാണ് ശിക്ഷിക്കുന്നത് ശിക്ഷിക്കുന്നത് അത് നമ്മുടെ എന്തിനു വേണ്ടിയാണ് നമ്മുടെ ഗുണത്തിന് വേണ്ടിയാണ് നമ്മുടെ അത് നമ്മൾ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിന് വേണ്ടിയാണ് ഇതാണ് നാലാമത്തെ കാര്യം അഞ്ചാമത്തെ കാര്യമോ അങ്ങനെ ഈ ശിക്ഷയെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ എനിക്കൊരു ബോണസ് ഒരു കാര്യം കിട്ടും നീതി എന്ന സമാധാന ഫലം കിട്ടും ഇതാണ് ആ ദൈവദാസൻ പറഞ്ഞത് ഞാൻ ഈ അഞ്ച് കൂട്ടം കാര്യങ്ങൾ ഇങ്ങനെ ഒരു ഒരു സന്ദർഭത്തോട് ചേർത്ത് പറഞ്ഞത് നിങ്ങളുടെ മനസ്സിലിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ആട്ടെ ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഇതിന് വേറൊരു വശമുണ്ട് വേറൊരു വശമുണ്ട് ഇദ്ദേഹം എന്താ പറഞ്ഞത് ഇദ്ദേഹം ഉം നമ്മൾ പറഞ്ഞ കഥയിലേക്ക് നമുക്ക് മടങ്ങി വരാം ഉമ്മച്ചനെന്താ പറഞ്ഞത് ഉമ്മച്ചൻ പറഞ്ഞു തോമാച്ചനും മത്താച്ചനാണ് അല്ലേ ഒത്താഴ്ചനോട് പറഞ്ഞു ഒത്താഴ്ച്ച നിന്നേക്കാളും എനിക്ക് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ അഞ്ച് കൂട്ടം കാര്യങ്ങളിൽ പ്ലസ് പോയിൻ്റ് ഉണ്ട് ഒന്ന് ദൈവം എന്നെ സ്നേഹിക്കുന്നു രണ്ട് എനിക്ക് സ്വർഗത്തിലൊരപ്പനുണ്ട് മൂന്ന് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തം മകനാണ് നാല് എൻ്റെ ഗുണത്തിനായിട്ട് എൻ്റെ വിശുദ്ധിക്ക് വേണ്ടിയാണ് ദൈവം എന്നെ ശിക്ഷിക്കുന്നത് അഞ്ച് അഞ്ച് എന്താ ഇതിൽ നിന്ന് നീതി എന്ന സമാധാന ഫലം കിട്ടും നിനക്കിതൊന്നും ഇല്ലല്ലോ എന്ന് ഉമ്മച്ചൻ പറു നിർത്തി പറഞ്ഞു നിർത്തിയപ്പോൾ ഉമ്മത്തായ പറഞ്ഞു ഉമ്മച്ച നിങ്ങൾ പറഞ്ഞതിൻ്റെ അകത്ത് ശരിയാണ് നിങ്ങൾ പറഞ്ഞു അഞ്ചുകൂട്ടം കാര്യങ്ങൾ ശരിയായിരിക്കുമ്പോൾ തന്നെ അത് നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെ എടുക്കുമ്പോൾ നിങ്ങൾ തിരിച്ചെനിക്കെതിരെ വിരൽ ചൂണ്ടിയത് തിയോളജി അനുസരിച്ച് ശരിയല്ല എന്ന് പറഞ്ഞു എന്താ വച്ചാ എന്താ എന്താ അതായത് നമ്മൾ നമ്മൾ ശിക്ഷ നമ്മൾ ഒരു കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഈ അഞ്ചുകൂട്ടം കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം സന്തോഷിക്കാം പക്ഷേ കഷ്ടതയില്ലാത്ത മറ്റൊരു വിശ്വാസിയെ നോക്കി അവൻ ദൈവത്തിൻ്റെ മകനല്ല അവനെ ദൈവം സ്നേഹിക്കുന്നില്ല അവന് സ്വർഗത്തിലൊരപ്പനില്ല അവനൊരു കൗലടയനാണ് അവന് വിശുദ്ധിയൊന്നും കിട്ടാൻ പോകുന്നില്ല നീതി എന്ന സമാധാന ഫലം ലഭിക്കാൻ പോകുന്നില്ല എന്ന് അവന് നേരെ കൈ ചൂണ്ടുമ്പം ഒരു തെറ്റുണ്ട് തെറ്റെന്താ തെറ്റെന്താ ഏ ഇ ഈ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് മത്തയച്ചൻ തുരിച്ച് ഉമ്മച്ചനോട് പറഞ്ഞു ശരിയാണ് നീ ഞാനും എന്താണ് നമ്മൾ രണ്ടുപേരും ദൈവത്തിൻ്റെ മക്കളാണ് ദൈവത്തിൻ്റെ മക്കളാണ് പക്ഷേ ദൈവം എന്നെ സ്നേഹിക്കുന്നു നിന്നെ സ്നേഹിക്കുന്നു ദൈവം എനിക്കും അപ്പനാണ് നിനക്കും അപ്പനാണ് ദൈവത്തിൻ്റെ നമ്മൾ രണ്ടുപേരും കൗലുടേന്മാരല്ല ഇതെല്ലാം ശരിയാണ് ഇതെല്ലാം ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മുടെ പൊസിഷനാണ് പക്ഷേ നിന്നെ ഇപ്പം എന്തോ ചെയ്തേക്കുക ബാലശിക്ഷ കഴിച്ചോണ്ടിരിക്കുക എന്ന് വെച്ചാൽ ബാലശിക്ഷെന്ന് വെച്ചാൽ എന്താ ഇവൻ്റെ എന്തോ ഒരു പോഷത്വത്തിന് ദൈവം ഒരു അടി കൊടുത്തോണ്ടിരിക്കുക എന്നെ ഇപ്പം അടിക്കുന്നില്ല അതിൻ്റെ അർത്ഥം എന്താ ഞാൻ ആ പോഷത്വം കാണിച്ചില്ലെന്ന് അപ്പം നീ എൻ്റെ നേരെ വിരല് ചൂണ്ടി ഞാൻ ആ കുഴപ്പക്കാരെന്ന് പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞത് പറഞ്ഞത് വ്യക്തമായോ വീട്ടിൽ രണ്ട് കുഞ്ഞുങ്ങളുണ്ടെന്നിരിക്കട്ടെ അഞ്ച് വയസ്സുള്ളവനും ആറു വയസ്സുള്ളവനും അഞ്ച് വയസ്സുള്ളവൻ കുരുത്തക്കേട് കാണിച്ചു നമ്മളെന്തോ ചെയ്തു അവനെ ബോധിച്ച പ്രകാരമല്ല നല്ല കൃത്യമായിട്ട് ഒരു അടി അടിക്കേണ്ടിടത്ത് ഒരു അടി അടിച്ചു ആറു വയസ്സുകാരന് ആറു വയസ്സുകാരന് അടിയൊന്നും കിട്ടിയില്ല കാര്യം അവൻ എന്തു ചെയ്തില്ല അവൻ കുരുത്തക്കേട് കാണിച്ചില്ല കുരുത്തക്കേട് കാണിച്ചില്ല അപ്പോൾ അഞ്ച് വയസ്സുകാരൻ അടി കൊണ്ടുപോയിച്ച ആറു വയസ്സുകാരനോട് പറയുക എടാ എന്നെ എന്നെ മാത്രമേ ഈ വീട്ടിൽ എൻ്റെ അപ്പൻ സ്നേഹിക്കുന്നുള്ളൂ നിന്നെ സ്നേഹിക്കുന്നില്ല സ്നേഹിച്ചിരുന്നെങ്കിൽ നിനക്ക് കടി കിട്ടിയനേല്ലോ നിനക്ക് കടി കിട്ടാത്തത് കൊണ്ട് നിനക്ക് സ്നേഹമില്ല നിന്നോട് സ്നേഹമില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ അല്ല അല്ല അവനെ സ്നേഹിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മളൊരു കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ ഈ അഞ്ചുകൂട്ടം കാര്യങ്ങളെ നമ്മൾ പിടിക്കുമ്പോൾ തന്നെ ആ കാര്യത്തെ മറ്റൊരാൾക്കെതിരെ വിരല് ചൂണ്ടാനായിട്ട് നമ്മൾ ഉപയോഗിക്കരുത് ഇവിടെ ഇതാ ഇത് ഈ കാര്യം ശിക്ഷ ശിക്ഷയുടെ കാരണം ശിക്ഷണം ശിക്ഷല്ല സത്യത്തിൽ ഡിസിപ്ലിനിങ് ആണ് ദൈവത്തിൻ്റെ ഈ ഡിസിപ്ലിനിങ്ങിനുള്ള നാല് കാരണത്തിലേക്ക് ഇവിടെ നിന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ് ഒന്നെന്ന് പറയുന്നത് എന്താ ദൈവം എന്തിനാണ് ചിലപ്പോൾ ഈ കഷ്ടതകൾ അല്ലെങ്കിൽ ബാലശിക്ഷ അല്ലെങ്കിൽ ഈ നിലയിലുള്ള ശിക്ഷണത്തിലൂടെ നമ്മളെ നടത്തുന്നതിന് കാരണം എന്താ എപ്പോഴും നമ്മുടെ തെറ്റ് മാത്രമായിരിക്കണമെന്നില്ല എന്നാൽ ചിലപ്പോഴ് നമ്മുടെ തെറ്റായിരിക്കാം തെറ്റായിരിക്കാം നമ്മൾ ഒരപ്പൻ രണ്ട് മക്കളുണ്ട് അവരെ രണ്ട് പേരെയും സ്നേഹിക്കുന്നു രാവിലെ നേരം വിളിച്ച് വെളുത്തപ്പം അദ്ദേഹം എണ്ണീറ്റപ്പം ആ മക്കളുടെ രണ്ടുപേരോടും സ്നേഹം തോന്നിയപ്പം ഒരു വടിയെടുത്ത് രണ്ടുപേരെയും അടിക്കുകയാണ് അടിക്കുമ്പോൾ അവർ ചോദിക്കുക എന്തിനാ അപ്പം അടിക്കുന്നു എടാ എനിക്ക് സ്നേഹമുള്ളതുകൊണ്ട് അടിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ശരിയാണോ അല്ല സ്നേഹമുള്ളപ്പം തന്നെ തെറ്റ് ചെയ്താലാണ് അടിക്കുന്നത് തെറ്റിനാണ് ശിക്ഷ വരുന്നത് അപ്പം നമുക്ക് ഈ ശിക്ഷണം ലഭിക്കുന്നതിന് ദൈവത്തിൻ്റെ ഈ നിലയിലുള്ള കഷ്ടതയിലൂടെ ദൈവം കടത്തിവിടുന്നതിന് ഒരു കാരണം നമ്മുടെ തെറ്റായിരിക്കാം തെറ്റായിരിക്കാം നമ്മളപ്പോൾ അതിൻ്റെ മുൻഭാഗം എന്ത് വേണം ആ കഷ്ടത്തിലൂടെ കടന്നു നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്യണം എന്തിനാണ് ഇതിങ്ങനെ സംഭവിച്ചത് എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ നീ എന്താ ഈ ഈ കഷ്ടതയിലൂടെ എന്നോട് സംസാരിക്കുന്നത് എന്താണ് നീ എന്നോട് എന്താണ് ഇടപെടുന്നത് നീ എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് നൂറ്റി മുപ്പത്തൊമ്പതാം സങ്കീർത്തനത്തിൽ നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു വാക്യം ദൈവമേ ഏതെങ്കിലും കാര്യത്തിൽ ഞാൻ നിന്നെ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ വിരൽ അവിടെ അവിടെ തന്നെ തൊടണേ എന്നാണല്ലോ ആ വാക്യം ആധുനിക വിവർത്തനത്തിൽ നമ്മൾ പറയാറുള്ളത് അപ്പോൾ ഒരുപക്ഷെ ഈ കഷ്ടങ്ങളിലൂടെ ദൈവം നമ്മുടെ ആ ഒരു പോയിൻറ്റിനെ നി ദൈവത്തിന് ഹിതകരമല്ലാത്ത നമ്മുടെ ജീവിതത്തിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റിനെ ദൈവം സ്പർശിക്കുകയായിരിക്കും ചെയ്യുന്നത് അതുകൊണ്ട് ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്നിട്ട് അതിൻ്റെ മുൻഭാഗം മാനസാന്തരപ്പെടാനായിട്ട് ഒരു സാധ്യതയുണ്ട് ഇതാണ് മത്തായ്ച്ചൻ ഉമ്മച്ചനോട് പറഞ്ഞത് നിന്നെ ദൈവം അടിച്ചിരിക്കുക അടി കിട്ടിയല്ലോ എവിടെയെന്ന് വെച്ചാൽ മാനസാന്തരപ്പെട് എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞത് പ്രിയപ്പെട്ടവരെ ഇതിനെ നമുക്ക് കുറച്ചുകൂടെ കുറച്ചുകൂടെ ഗൗരവമായിട്ട് നോക്കാം ഒന്ന് രണ്ട് വാക്യങ്ങൾ എടുത്തു നോക്കാം ഇരമ്യാവിൻ്റെ പുസ്തകം മുപ്പത്തിരണ്ടാമത്തെ അധ്യായം ഇരമ്യാവിൻ്റെ പുസ്തകം മുപ്പത്തിരണ്ടാമധ്യായം അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യം ആണെന്ന് തോന്നുന്നു അതെ പത്തൊൻപതാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത് ഇരമ്യാവ് മുപ്പത്തിരണ്ടിൻ്റെ പത്തൊൻപത് നീ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമാകുന്നു ഓരോരുത്തന് അവൻ്റെ നടപ്പിനും പ്രവർത്തികളുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കേണ്ടതിന് നീ മനുഷ്യരുടെ എല്ലാ വഴികളിന്മേലും ദൃഷ്ടി വയ്ക്കുന്നു എന്താ പറഞ്ഞത് ഓരോരുത്തൻ്റെ നടപ്പിനും പ്രവർത്തിയുടെ ഫലത്തിനും അനുസരിച്ച് ദൈവം എന്തോ ചെയ്യുന്നു അവർക്ക് അവരോട് ഇടപെടുന്നു അങ്ങനെ ഇടപെടാൻ വേണ്ടി ദൈവം എന്തോ ചെയ്യുന്നു മനുഷ്യൻ്റെ വഴികളിന്മേലെല്ലാം ദൈവം ദൃഷ്ടി വച്ചിരിക്കുകയാണ് എന്നാണ് ഇവിടെ പറഞ്ഞത് ഇവിടെ പറഞ്ഞത് വിശ്വാസികളായ ആളെ ആളുകളെ കുറിച്ച് മാത്രമാണോ അല്ല അല്ല എല്ലാ മനുഷ്യരെ കുറിച്ചോ ഓരോരുത്തന് എല്ലാ മനുഷ്യരുടെ മനുഷ്യരുടെ എല്ലാ വഴികളിന്മേലും കണ്ടോ എല്ലാ മനുഷ്യരും അപ്പം ഈ ലോകത്ത് നമ്മൾ നമ്മൾ കുറച്ചുകൂടെ കുറച്ചുകൂടെ ഗൗരവമായിട്ട് ഈ കാര്യം ചിന്തിക്കുകയാണേ ദയവായിട്ട് കൂടെ നിൽക്കണേ അതായത് നമ്മൾ ഈ ലോകത്ത് നോക്കുമ്പോൾ വിശ്വാസികൾ ചിലര് എന്തുണ്ട് കഷ്ടങ്ങളിലൂടെ കടന്നു എന്നാൽ വിശ്വാസി അല്ലാത്ത ചിലര് അവർക്കും ചിലപ്പോൾ കഷ്ടം വരും പക്ഷെ നമ്മൾ നോക്കുന്ന ചില സന്ദർഭങ്ങളിൽ എന്താ അവർ നല്ല സുഖമായിട്ടാണ് ജീവിക്കുന്നത് അതെന്താ അതെന്താ ആ കാര്യം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇതൊരു പഴയ പ്രശ്നമാണ് ആസാഫ് ഈ കാര്യം ചിന്തിച്ചു എഴുപത്തി മൂന്നാം സങ്കീർണത്തിൽ ഈ കാര്യമാണോ പറയുന്നത് ദൈവമേ ഞാനെൻ്റെ കൈകളെ കുറ്റമില്ലായ്മയെ കഴി പക്ഷേ വല്ല കാര്യമുണ്ടോ അതുകൊണ്ട് അവരൊക്കെ എന്താ അവൻ്റെയൊക്കെ കണ്ണ് പുഷ്ടി കൊണ്ട് ഉന്തി നിൽക്കുന്നു ആ സു പറയുക അവരൊക്കെ അവർക്കൊന്നും ഒരു കുഴപ്പമില്ലല്ലോ എനിക്ക് മാത്രമാണല്ലോ ഈ പ്രശ്നം ചിലപ്പോൾ നമ്മൾ കഷ്ടങ്ങളിലൂടെ കടന്നു നമ്മൾ ചിന്തിക്കുകയല്ലേ നമുക്കേ പ്രശ്നമുള്ളൂ ചില ലോകമനുഷ്യരെ ലോകമനുഷ്യർ ദൈവത്തെ ദൈവത്തെക്കുറിച്ച് ഒരു ബോധവുമില്ല പക്ഷേ അവർ നല്ല സുഖമായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ ദൈവം നീതിയുള്ള ഒരു ദൈവമാണെങ്കിൽ ദൈവത്തിൻ്റെ മകനായ എന്നെ സുഖമായിട്ട് നടത്തുകയും ദൈവത്തെ അറിയാത്ത പാവിയായ അവന് കഷ്ടപ്പാട് കൊടുക്കുകയല്ലേ വേണ്ടത് ഇങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതിനെന്താ നമുക്ക് തിയോളജിക്കലായിട്ട് അതിനെന്താ ന്യായം പറയാവുന്നത് അതിനുള്ള മറുപടി എന്താ ആ മറുപടിയിലേക്കാണ് നമ്മൾ വരുന്നത് പ്രിയപ്പെട്ടവരെ ഇതൊക്കെ വളരെ നമ്മൾ വിചാരിക്കും എന്തിനാണ് ഈ ബ്രേറി ഇതിൻ്റെ ഈ തലനാരിയുടെ ഇങ്ങനെ കീറി ഇങ്ങനെ ഇത്രയും ഡീറ്റെയിൽസിലേക്ക് പോകുന്നത് ഇതൊരു പ്രധാന പ്രശ്നമാണ് കഷ്ണങ്ങളിലൂടെ കടന്നു പോകുമ്പം ആസാഫിനെ പോലുള്ള വലിയ ദൈവപ്രത്യൻ പോലും ഈ കാര്യത്തിൽ ഇടറിപ്പോയി എന്നെ മാത്രം ഞാൻ കുറ്റമില്ലായ്മ ഈ കൈകളെ കഴുകി പക്ഷേ ഞാനാണ്ട് കഷ്ടപ്പെടുന്നു അവർക്കൊന്നും ഒരു പ്രശ്നവും ഇത് നമ്മളും കഷ്ണങ്ങളിലൂടെ കടന്നു പോകുമ്പം നമുക്കും ഈ ചിന്ത ലോകമനുഷ്യരെ മറ്റു വിശ്വാസികളെ അല്ല നോക്കുന്നു മുമ്പേ പറഞ്ഞ ഉമ്മച്ചനും മത്തായച്ചനും അല്ല ഇവിടുത്തെ കഥാപാത്രങ്ങൾ ഇവിടുത്തെ കഥാപാത്രം എന്താ വിശ്വാസിയും അവിശ്വാസിയായ ആളും ലോകമനുഷ്യനും ദൈവമനുഷ്യനും ദൈവം നീതിമാനായ ദൈവമാണെങ്കിൽ ദൈവത്തിൻ്റെ മകനായ എന്നെ ഇവിടെ സുഖമായിട്ട് നടത്തുകയും ദൈവത്തെ അറിയാത്ത ദൈവത്തെ തള്ളിക്കളഞ്ഞ ആ ലോകമനുഷ്യനെ കഷ്ടതയിലൂടെ കടത്തുകയല്ലേ വേണ്ടത് അല്ലേ എന്നാൽ പലപ്പോഴും അങ്ങനെ വരുന്നില്ലല്ലോ നമ്മുടെ രണ്ടുപേരുടെയും ചിലപ്പോൾ സാഹചര്യം ഒരുപോലെ ആയിരിക്കും നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു നമ്മളാണ് ദൈവത്തെ അറിയുന്ന ആൾ മറ്റേ നമ്മുടെ കൂടെ ഉള്ള ആൾ എന്തല്ല ദൈവവുമായിട്ട് ഒരു ബന്ധവുമില്ല അവന് ഒരു വ്യത്യസ്ത പക്ഷെ അവനാണ് എന്താ കിട്ടുന്നത് പ്രമോഷൻ ഇല്ല അവനാണ് കിട്ടുന്നത് നമുക്ക് മാത്രം ഒന്നും കിട്ടുന്നുമില്ല ഞാൻ ഈ കഷ്ടതയെന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രായോഗിക കാര്യങ്ങളോടും ചേർത്ത് ചിന്തിക്കണേ അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിച്ചു പോവുകയല്ലേ അവന് മാത്രം ഇവിടെ നല്ല കാര്യങ്ങൾ കിട്ടുന്നുണ്ട് എന്നാൽ പിന്നെ ഞാൻ ഇതെല്ലാം വിട്ടുവെച്ച് ഞാനും അവനെപ്പോലെ ജീവിക്കുക എനിക്കും കിട്ടുമല്ലോ അങ്ങനെയാണോ അതിൻ്റെ വഴി എന്താ ഇതിൻ്റെ തിയോളജി എന്താ ഇതിൽ ദൈവം എന്താ നീതിയായ ദൈവം നീതിമാനാണല്ലോ ദൈവം എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത് പ്രിയപ്പെട്ടവർ നമ്മളിവിടെ വായിച്ച ഈ വാക്യത്തിലേക്ക് വരിക ദൈവം എന്തോ ചെയ്യുന്നതെന്നാണ് ഇവിടെ പറഞ്ഞത് എല്ലാ മനുഷ്യരുടെയും എല്ലാ മനുഷ്യരുടെയും വഴികളെ ദൈവം എന്തോ ചെയ്യുന്നു ശ്രദ്ധിക്കുന്നു ശ്രദ്ധിക്കുന്നു ശ്രദ്ധിച്ചിട്ട് ശ്രദ്ധിച്ചിട്ട് ഓരോരുത്തനും അവനവൻ്റെ പ്രവർത്തിക്കത്തക്കവണ്ണം ദൈവം കൊടുക്കുന്നു എന്നാൽ മാത്രമേ ദൈവം എന്താകുള്ളൂ നീതിമാൻ ആകുകയുള്ളൂ അത് വ്യക്തമായല്ലോ വ്യക്തമായെങ്കിൽ നമുക്ക് പതിനേഴാം സങ്കീർത്തനത്തിൽ നിന്ന് ഒരു വാക്യം നോക്കാം പതിനേഴാം സങ്കീർത്തനം പതിനേഴാം സങ്കീർത്തനത്തിൻ്റെ പതിനാലാമത്തെ വാക്യം അപ്പം നമ്മൾ ചിന്തിക്കുന്നത് എന്താ വിശ്വാസി വിശ്വാസി എന്തുകൊണ്ട് കഷ്ടപ്പെടുന്നു പാപി എന്തുകൊണ്ട് സുഖമായിരിക്കുന്നു എന്ന വിഷയത്തിലേക്കാണ് നമ്മൾ ചിന്തിക്കുന്നത് പതിനേഴിൻ്റെ പതിനാലാമത്തെ വാക്യം തൃക്കൈ കൊണ്ട് ലൗകിക പുരുഷന്മാരുടെ വശത്ത് നിന്നും വിടുവിക്കണമേ അപ്പോൾ ലൗകിക പുരുഷന്മാരെ പറയുന്നത് ലോകപ്രകാരമുള്ള മനുഷ്യർ ലൗകിക പുരുഷന്മാർ ദൈവത്തെ അറിയാത്ത ലൗകിക പുരുഷന്മാർ അവരെക്കുറിച്ച് അടുത്ത വാക്യം ആ വാക്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം അവരുടെ ഓഹരി ഈ ആയുസ്സിൽ അത്ര അപ്പോൾ ഇവിടെ എന്താ ഈ വാക്യം എന്താ പറയുന്നത് ലോകമനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രവൃത്തിക്ക് അവൻ്റെ പ്രവർത്തിക്ക് അതിന് അവൻ ചെയ്ത നല്ല പ്രവർത്തിക്ക് അവന് പ്രതിഫലം കിട്ടാൻ എവിടെ മാർഗ്ഗമുള്ളൂ ഈ ലോകത്തിൽ മാത്രമേ മാർഗ്ഗമുള്ളൂ ഈ ലോകത്തിൽ മാത്രമേ മാർഗമുള്ളൂ എന്നുവെച്ചാൽ നമ്മൾ ഇരമ്യാവിൻ്റെ പുസ്തകത്തിൽ വായിച്ച ആ വാക്യത്തോടെ ചേർത്ത് ചിന്തിക്കണേ ദൈവം നീതിമാനാണ് ദൈവം ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്കൊത്തവണ്ണം അവനോട് അവനോട് പെരുമാറുന്നു എന്ന് നമ്മൾ പറഞ്ഞു പക്ഷേ ലോകമനുഷ്യനൊരു പ്രശ്നമുണ്ട് അവന് ചില നല്ല പ്രവൃത്തി ചെയ്തെന്നിരിക്കട്ടെ നല്ല പ്രവൃത്തി അവൻ ചെയ്തു നല്ല പ്രവൃത്തി ചെയ്തെങ്കിൽ അവന് നന്മ കിട്ടണ്ടേ നന്മ കിട്ടണമല്ലോ അവൻ നല്ല പ്രവൃത്തി ചെയ്താൽ അവന് നന്മ കിട്ടണമല്ലോ ആ നന്മ കിട്ടാൻ അവന് സാധ്യത എവിടെയുള്ളൂ ഈ ലോകത്തിലേ ഉള്ളൂ എന്നാൽ വിശ്വാസിക്കും വിശ്വാസിയുടെ കാര്യം നോക്ക് ഇനി വിശ്വാസിയുടെ കാര്യം നോക്ക് വിശ്വാസി നന്മ ചെയ്തു അവന് എവിടെയും ഈ ഈ ജീവിതത്തിൽ മാത്രമാണോ അവന് നന്മ കിട്ടുന്നത് അല്ല അവന് വരാൻ പോകുന്ന ജീവിതത്തിലും അവന് നന്മയല്ലാതെ ഒന്നും അവന് ഇല്ല ഇനിയും വേറൊരു കാര്യം നോക്കുക വിശ്വാസിയായ ഒരാൾ ഈ ജീവിതത്തിൽ ചില തിന്മകൾ ചെയ്തു ഈ തിന്മകൾ ചെയ്താൽ ആ തിന്മയ്ക്കും ഇരമയാവിൻ്റെ പുസ്തകത്തിലെ നമ്മുടെ നമ്മളെടുത്ത വചനമനുസരിച്ച് എന്തോ കൊടുക്കണം ആ തിന്മയ്ക്ക് ദൈവം എന്തോ കൊടുക്കണം തിന്മ കൊടുക്കണം ആ തിന്മ കൊടുക്കാൻ ദൈവത്തിന് എവിടെയാണ് സാധ്യതയുള്ളത് ഈ ലോകത്തിലേ അവന് തിന്മ കൊടുക്കാൻ നോക്കുകയുള്ളു കാരണം നമ്മള് രണ്ടു കോരിന്തേർ അഞ്ചാമധ്യായത്തിന്റെ പത്താമത്തെ വാക്യം നോക്കുക രണ്ടു കോരിന്തേർ അഞ്ചിന്റെ പത്ത് അഞ്ചിന്റെ പത്താമത്തെ വാക്യം അവനവന് ശരീരത്തിൽ ഇരിക്കുമ്പോൾ ദൈവം ചെയ്ത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാമെല്ലാവരും ക്രിസ്തുവിന്റെ ന്യാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു വിശ്വാസിക്കെന്തേ ഉള്ളൂ വിശ്വാസിക്ക് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെയുള്ള അവൻ്റെ പ്രവർത്തികൾ കണ് പ്രവർത്തികൾ നോക്കുന്ന ഒരു പരിപാടി മാത്രമേ അന്ത്യകാലത്ത് ഉള്ളൂ അതേസമയം അവിശ്വാസിക്കോ അവിശ്വാസിക്ക് വെള്ളസിംഹാസനത്തിലെ ന്യായവിധി എന്നു പറഞ്ഞൊരു ന്യായവിധിയുണ്ട് ആ ന്യായവിധിയിൽ ദൈവത്തെ അംഗീകരിക്കാത്തവനെ എല്ലാം എന്തോ ചെയ്യും അവന് അവൻ അവൻ അവൻ്റെ പ്രവൃത്തിക്ക് അവൻ കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കാത്തത് ആ വെള്ളസിംഹാസനത്തിലെ ന്യായവിധി കഴിഞ്ഞ് ഈ പാപിയായ മനുഷ്യനെ എങ്ങോട്ട് വിടും നരകത്തിലേക്ക് വിടും നരകത്തിലേക്ക് വിടും നരകത്തിൽ അവൻ എന്തു ചെയ്യും നരകത്തിൽ അവൻ കഷ്ടം അനുഭവിക്കും എന്നാൽ വിശ്വാസിയോ വിശ്വാസിക്ക് ഈ വെള്ളസിംഹാസനത്തിലെ ന്യായവിധി എന്നൊരു പരിപാടിയില്ല അവൻ്റെ ഏതേ ഉള്ളൂ ക്രിസ്തുവിൻ്റെ ന്യായാസനം മാത്രമേ ഉള്ളൂ അവിടെ എന്ത് മാത്രമേ ഉള്ളൂ അവിടെ ശിക്ഷയില്ല അവിടെ പ്രതിഫല വിഭജനം മാത്രമേ ഉള്ളൂ നമ്മൾ ചെയ്ത കാര്യങ്ങൾക്ക് ഉള്ള പ്രതിഫല വിഭജനം മാത്രമേ ഉള്ളൂ ആ പ്രതിഫല വിഭജനം കഴിഞ്ഞിട്ട് അവനെ എവിടോട്ടാ വിടുന്നത് അവനെ സ്വർഗത്തിലോട്ടാവിടുന്നത് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ഈ ലോകത്തിൽ അവിശ്വാസി ചെയ്യുന്ന നന്മയ്ക്ക് ദൈവത്തിന് എവിടെ മാത്രമേ പ്രതിഫലം കൊടുക്കാനൊക്കെ ഉള്ളൂ ഈ ലോകത്തെ മാത്രമേ പ്രതിഫലം കൊടുക്കാനൊക്കെയുള്ളൂ ഒരു വിശ്വാസിക്ക് വിശ്വാസിക്ക് അവൻ ചെയ്ത തിന്മയ്ക്ക് തെറ്റിന് ദൈവത്തിന് എവിടെ മാത്രമേ പ്രതിഫലം കൊടുക്കാനൊക്കെയുള്ളൂ ഈ ഭൂമി മാത്രമേ പ്രതിഫലം കൊടുക്കാനൊക്കെ ഉള്ളൂ മനസ്സിലായോ ഇതാണ് അതിൻ്റെ പ്രശ്നം ഇത് രണ്ടു പേർക്കും ഈ ഭൂമിയിലാണ് ഒരാൾക്ക് നന്മയ്ക്ക് അതായത് ലോകമനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്ത നന്മയ്ക്ക് ദൈവത്തിന് എവിടെ കൊടുക്കാൻ അവനെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ഒക്കത്തില്ല ഈ ഭൂമിയിലേ കൊടുക്കാൻ അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നു അവൻ ചെയ്ത നന്മയ്ക്കുള്ള ഫലമായിട്ട് അവനെ ഇവിടെ സന്തോഷമായിട്ട് നടത്തുന്നു ശരി കുഴപ്പമില്ലല്ലോ ദൈവത്തിൻ്റെ നീതിബോധത്തിന് തെറ്റൊന്നുമില്ലല്ലോ ഇല്ല പിന്നെ വിശ്വാസിയുടെ കാര്യം നോക്കാം വിശ്വാസിയെയും വിശ്വാസി ചെയ്ത നന്മയ്ക്ക് ദൈവത്തിന് എവിടെല്ലാം പ്രതിഫലം കൊടുക്കാം ഇവിടെയും കൊടുക്കാം മരണശേഷവും കൊടുക്കാം സ്വർഗത്തിലും കൊണ്ടുപോകാം എന്നാൽ വിശ്വാസി ജീവിതത്തിൽ ചെയ്ത ഈ ലോകത്തിലായിരിക്കുമ്പം ചെയ്ത അവൻ്റെ തെറ്റുകൾക്ക് ദൈവത്തിന് അവനെവിടെ മാത്രമേ ശിക്ഷിക്കാൻ കഴിയുള്ളൂ ഈ ഭൂമി മാത്രമേ ശിക്ഷിക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് വിശ്വാസിയെ ചിലപ്പം ബാലശിക്ഷയിലൂടെ ഇവിടെ വെച്ച് കടത്തി കൊണ്ടുപോകുന്നു അവിശ്വാസി എന്താ അവൻ ചെയ്ത നന്മയ്ക്ക് സന്തോഷമായിട്ട് ജീവിക്കുന്നു നമ്മൾ എന്ത് ചെയ്യണ്ട അവനെ നോക്കി അസൂയപ്പെടണ്ട കാരണം അവൻ്റെ എന്തുള്ള ലൗകിക പുരുഷന് പ്രതിഫലം എവിടെയുള്ളൂ ഈ ലോകത്തിൽ മാത്രമേ ഉള്ളൂ പതിനേഴാം സങ്കീർത്തനം പതിനാലാം വാക്യം ലൗകിക പുരുഷൻ്റെ പ്രതിഫലം എവിടെയുള്ളൂ ഈ ലോകത്തിൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് അവൻ ഇവിടെ ചിലപ്പം ദൈവം അവന് സന്തോഷമായ സാഹചര്യം ഇവിടെ കൊടുക്കുന്നത് നമ്മളെ ശിക്ഷിക്കണമെങ്കിലും ദൈവത്തിന് എവിടെ മാത്രമേ ഉള്ളൂ ഈ ഭൂമി വെച്ച് മാത്രമേ ചെയ്യാനൊക്കെ അതുകൊണ്ടാണ് നമുക്ക് ചിലപ്പോൾ ഇവിടെ വെച്ച് ബാലശിക്ഷ ലഭിക്കുന്നത് ഈ വസ്തുത മനസ്സിലാക്കിയാൽ നമ്മൾ ഇന്ന് സുഖമായിട്ട് ജീവിക്കുന്ന അവിശ്വാസിയെ നോക്കി അസൂയപ്പെടേണ്ട കാര്യമില്ല കാര്യം എന്താ അവൻ ഇവിടെ മാത്രമേ ഉള്ളൂ അവൻ്റെ പതിനേഴാം സങ്കീർത്തനത്തിൻ്റെ പതിനാലാമത്തെ വാക്യം മുറുകെ പിടിക്കുക പറയണ്ട പറയാനൊന്നും പോകരെ അവനോട് വേറെ പറയാനും ഒന്നും പോകട്ട വേറെ എന്തോ ചെയ്താൽ മതി ദൈവത്തിന് നീതിയില്ല ഞാൻ ദൈവത്തിൻ്റെ മകനായിട്ട് എന്നെ മാത്രം കഷ്ടപ്പെടുത്തി അവന് പാപിയായിട്ട് അവന് നല്ല സുഖം കൊടുത്തു എന്ന് പറഞ്ഞ് ദൈവത്തോട് കലമ്പാതിരിക്കാൻ വേണ്ടി ദൈവത്തോട് വഴക്കുണ്ടാക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ ധൈര്യത്തിനായിട്ട് പറഞ്ഞു ഉള്ളൂ പ്രിയപ്പെട്ടവരെ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇതേയുള്ളൂ നമ്മൾ പലപ്പോഴും അവിശ്വാസികൾ പാവികൾ സുഖമായിട്ടിരിക്കുമ്പോഴും വിശ്വാസി കഷ്ടപ്പെടുമ്പോഴും ദൈവത്തിൻ്റെ നീതിബോധത്തെ സംശയിച്ചു പോകും നമ്മൾ വിചാരിക്കും ദൈവനീതിമാനായിരുന്നെങ്കിൽ തൻ്റെ മകനായ എന്നെയാണ് സുഖമായിട്ട് നടത്തേണ്ടത് ദൈവ നീതിമാനായ ആയിരുന്നെങ്കിൽ പാവിയായ അവൻ ഈ ലോകത്ത് കഷ്ടം കൊടുക്കണമായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചാൽ അതിൻ്റെ മറുപടിയാണ് ഞാൻ ദൈവോചന ഈ വാക്യങ്ങളിലൂടെ വിശദീകരിച്ചത് ക്ലിയർ ആയോ അത് ഓക്കെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ നിലയിൽ ഇന്ന് നമ്മൾ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പം നമുക്ക് നോർമലി അതിനൊരു കാരണം നമ്മൾ ചെയ്ത തിന്മകളാണോ എന്ന് നമ്മൾ ശോധന ചെയ്യണം നമ്മൾ ശോധന ചെയ്യണം ബാലശിക്ഷ കഴിക്കുകയാണോ ആണെങ്കിൽ ആ കാര്യത്തിൽ നമ്മൾ വിടുതൽ പ്രാപിച്ചു കഴിയുമ്പോൾ ദൈവം എന്തായി ദൈവം എന്തായി ദൈവം ആ കാര്യത്തിൽ നിന്ന് ഉടനെ തന്നെ അതിൽ നിന്നും മാ അതിൽ നിന്ന് മോചനം തന്നു യാക്കോബിൻ്റെ ലേഖനത്തിൽ ആ കാര്യമാണ് പറയുന്നത് യാക്കോബിൻ്റെ ലേഖനത്തിൽ അതേ കാര്യമാണ് പറയുന്നത് നിങ്ങളിൽ ഒരുവൻ അഞ്ചാമധ്യായ യാക്കോബ് അഞ്ചിൻ്റെ പതിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണ അവനുവേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റു പറഞ്ഞ് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിക്കും ഇവിടെ എന്താ ഇവിടെ ഇവിടെ വന്ന് ഇവന് ഇവന് ഈ ഈ നമ്മളീ പറയുന്ന യാക്കോമിൻ്റെ ലേഖനം അഞ്ചിൻ്റെ പതിനഞ്ചിൽ വിശ്വാസിയായി ഒരാൾ ദിനക്കാരനായിട്ട് കിടക്കാനുള്ള കാരണം എന്തായിരുന്നു അവൻ പാപം ചെയ്തവനാണെങ്കിൽ ആ പാപം അവൻ ഏറ്റു പറഞ്ഞു കഴിയുമ്പം ആ പ്രശ്നം പരിഹരിക്കപ്പെട്ട് ആ അവന് ആ ദീനത്തിൽ നിന്ന് മാറി ഇതാണ് നമ്മൾ ബാലശിക്ഷയ്ക്കുള്ള ഒരു കാരണം ഒരു കാരണം മാത്രമാണ് ഇത് പ്രിയപ്പെട്ടവരെ കഷ്ടതയിലൂടെ കടന്നു ആളുകൾ ഒരു തരത്തിലുള്ള അനാവശ്യമായ കുറ്റബോധത്തിൽ പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇനിയുമുള്ള കാര്യങ്ങൾ പറയുന്നത് അപ്പം ഇന്നത്തെ ഇത്രയും കൊണ്ട് നമ്മളിവിടെ ബൈബിൾ സ്റ്റഡി നിർത്തിയാൽ ഈ ആഴ്ച മുഴുവൻ കഷ്ടപ്പെടുന്ന ആളുകളെല്ലാം വീട്ടിൽ പോയിരുന്നു എന്തോ ചെയ്യും അയ്യോ മറ്റേ സൗകര്യം ഒരു കുഴപ്പമില്ല അദ്ദേഹമൊക്കെ ദൈവം പറയുന്ന പ്രമാണിച്ച് നടക്കുന്നു ഞാനോ ഞാൻ പാവിയും ദോഷിയും ഞാൻ ഏതാണ്ടെല്ലാം കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് എൻ്റെ തല്ലിയത് ഞാനമ്മച്ചനെ പോലെ അടികൊണ്ട് കിടക്കുക മറ്റോരൊക്കെ മത്തായച്ചനെ പോലെ സുഖമായിട്ടിരിക്കുന്നു ഞാൻ എൻ്റെ കയ്യിൽ എന്തോ ഗുരുത്തക്കേട് എനിക്കുണ്ട് ഞാൻ നോക്കിയിട്ടൊന്നും കാണുന്നുമില്ല എന്തോ എന്നാലും എന്തോ ഉണ്ട് ഇന്ന് നമ്മൾ ദൈവജനത്തിൽ നിന്ന് ചിന്തിച്ചല്ലോ എന്നൊക്കെ ചിന്തിച്ച് പോകാതിരിക്കാൻ ഞാൻ പറയുന്നത് എന്താ പ്രിയപ്പെട്ടവരെ കഷ്ടം അനുഭവിക്കുന്നതിൻ്റെ ഒരു കാരണം മാത്രമാണ് എന്ത് ഈ നിലയിലുള്ള നമ്മുടെ ഭാഗത്തുള്ള പാപം അതിൻ്റെ പ്രതിവിധി എന്താ നമ്മൾ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതുകൊണ്ട് ഒന്നാമത് നമ്മൾ നമ്മളെ തന്നെ ചോദന ചെയ്യണം എന്തുകൊണ്ട് എനിക്കിത് വന്നു എന്തുകൊണ്ട് എവിടെ ഞാൻ എവിടെയെങ്കിലും ദൈവത്തെ വിഷമിപ്പിച്ചോ വിഷമിപ്പിച്ചോ അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങളിൽ നമുക്ക് ഒത്തിരി വെളിച്ചം കിട്ടാനായിട്ട് കഴിയും ഒത്തിരി വെളിച്ചം കിട്ടാനായിട്ട് കഴിയും അത് ഒരു കാരണം മാത്രം എന്നാൽ രണ്ടാമത്തെ ഒരു കാരണം എന്താ രണ്ടാമതും നമ്മുടെ പാപം കൊണ്ടല്ലാതെ നമുക്ക് എന്ത് സംഭവിക്കാം നമുക്ക് പോരാട്ടങ്ങളും പ്രശ്നങ്ങളും വരാം കാരണം നമ്മൾ എഫ് എസ് ലേഖനം ആറാം അധ്യായത്തിൻ്റെ പതിനൊന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നത് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ എന്താണ് ഒരു പോർക്കളത്തിലാണ് യുദ്ധക്കളത്തിലാണ് യുദ്ധക്കളത്തിൽ നിൽക്കുമ്പോൾ തന്നെ പിശാജ് എല്ലാവർക്കും എതിരെ ഒരേ യുദ്ധം ചെയ്യുന്നില്ല ചിലര് വിശ്വാസവീരന്മാരായ ചില ആളുകൾക്കെതിരെ അവൻ കൂടുതൽ കൂടുതൽ അവൻ പോരാട്ടം നടത്തും ഈ പോരാട്ടത്തിൽ ചിലപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കാം നമുക്ക് മുറിവുകൾ പറ്റാം പരിക്കുകൾ പറ്റാം ഒരു പക്ഷേ ആ നിലയിലുള്ള ഒരു യുദ്ധക്കളത്തിൽ നമ്മൾ നിൽക്കുന്നതിൻ്റെ ഫലമായിരിക്കാം നമുക്ക് എന്ത് സംഭവിച്ചേക്കെന്ന് ഇപ്പോൾ പറ്റിയിട്ടുള്ള ഈ പരിക്കുകൾ നമ്മുടേതായ ഒരു തെറ്റ് ആകണം എന്നില്ല ആകണമെന്നില്ല മൂന്നാമത്തെ ഒരു കാര്യം നമ്മളെ തന്നെ നമ്മുടെ വിശ്വാസത്തിലും പ്രവർത്തനങ്ങളിലും നമ്മളെ ശക്തിപ്പെടുത്താനായിട്ട് കൂടുതൽ നമുക്ക് ഒരു മൂർച്ച വരുത്താനായിട്ട് ദൈവം തന്നെ അനുവദിക്കുന്നതാകാം ഈ കഷ്ടത ഞാൻ പറഞ്ഞത് വ്യക്തമായോ ഇത് ഒന്നാമത് എന്തോ എന്തോ എന്തോ സെക്കൻഡ് പോയിന്റ് ഞാൻ പറഞ്ഞത് നമ്മളൊരു യുദ്ധക്കളത്തിലാണല്ലോ പിശാചിനമായിട്ടുള്ള പോരാട്ടത്തിലാണല്ലോ നമ്മൾ നിൽക്കുന്നത് ആ പോരാട്ടത്തിൽ ഒരു പക്ഷേ അതിലുണ്ടായ പരിക്കുകളാവാം നമ്മുടെ ഒരു പാപമാകണമെന്നില്ല അപ്പോൾ പറയും അങ്ങനാണെങ്കിൽ എല്ലാവരും പോരാട്ടത്തിലാണല്ലോ പോർക്കളത്തിലാണല്ലോ അവർക്കാർക്കും പ്രശ്നമില്ലല്ലോ സഹോര ഒരു പക്ഷേ അവൻ കൂടുതൽ രൂക്ഷമായിട്ട് അവൻ അവൻ്റെ സാമ്രാജ്യത്തിന് ഒരുപക്ഷെ നീ ആയിരിക്കും കൂടുതൽ എന്ത് കൂടുതൽ ഒരു ഭീഷണി അതുകൊണ്ട് അവൻ അവൻ്റെ മുഴുവൻ ആയുധങ്ങൾ നിനക്കെതിരെ തിരിച്ചു വെച്ചിരിക്കുകയായിരിക്കും അതുകൊണ്ടാണ് നമുക്ക് കഷ്ടങ്ങളിൽ ചിലപ്പോൾ സന്തോഷിക്കാൻ ഒക്കുന്നത് കാരണം ഇതെന്താ ഞാൻ പിശാചിൻ്റെ ലോകത്തിന് കൂടുതൽ ഭീഷണി ആയതുകൊണ്ടാണ് അവൻ അവൻ്റെ മുഴുവനായതോ എനിക്കെതിരെ തിരിച്ചു വച്ചേക്കുന്നത് അതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാൻ കഷ്ടങ്ങളിൽ സന്തോഷിക്കാൻ കഴിയുന്ന ഒരു കാരണം അതാണ് അപ്പോൾ ഞാൻ വളരെ വേഗത്തിൽ പോവുക രണ്ടാമത്തെ കാര്യം അങ്ങനെ ഒരു പോർക്കളത്തിൽ നമ്മൾ നിന്നപ്പോൾ ചിലപ്പോഴുണ്ടായ പരിക്കുകളാകാം നമ്മളൊരു പാട്ട് പാട്ടിൽ പാടുന്നില്ലേ നമ്മൾ ക്രിസ്തൻ യോദ്ധാവാകുവാൻ ചേർന്നൻ തൻ സൈന്യത്തിൽ കർത്താവിൻ്റെ യോദ്ധാവാകാൻ ഞാൻ എന്തോ ചെയ്തു കർത്താവിൻ്റെ സോൾജിയറായിട്ട് പേര് കൊടുത്തു പേര് കൊടുത്തു ഞാൻ എന്തോ ചെയ്യും നല്ല പോർ പൊരുതും ഞാൻ ആ പാട്ടിലെ ബാക്കി നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളുടെ ചില അനുഗണനങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും പ്രിയപ്പെട്ടവരെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ പാപം മാത്രമാകണമെന്നില്ല പോർക്കളത്തിൽ ഏറ്റമുറിവുകളാകാം മൂന്നാമത്തെ കാര്യം നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രവർത്തിയും കൂടുതൽ തീക്ഷ്ണമാക്കാൻ വേണ്ടി ദൈവം അനുവദിക്കുന്ന ശോധനകളാകാം ഈ മൂന്നും ഒന്നും തമ്മിലെന്താ വ്യത്യാസം ഞാനിപ്പോൾ പറഞ്ഞ മൂന്നും നിങ്ങളുടെ കൂടെ നിൽക്കണേ മൂന്നാമത്തെ കാരണം ഞാൻ പറഞ്ഞു മൂന്നാമത്തെ കാരണം എന്താ പറഞ്ഞത് നമ്മുടെ വിശ്വാസം നമ്മുടെ ദൈവ ദൈവസന്നിധിയിലുള്ള പ്രവൃത്തി ഇതൊക്കെ കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ട് ദൈവം അനുവദിക്കുന്ന ശോധനയായിരിക്കാം ഇത് നമ്മൾ പല പല വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ ഏ നമ്മൾ ഈ ഈ വിശ്വാസഗോളത്തിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ക്രിസ്തീയ കോളത്തിൽ ചില പണികൾ ചെയ്യുക ആ പണികൾ ചിലപ്പം വേണ്ടതുപോലുള്ള പണിയായിരിക്കണമെന്നില്ല നമ്മുടെ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ സൂക്ഷ്മതയില്ലായ്മ കൊണ്ടോ ഒക്കെ തെറ്റായ പണികൾ വരാം മത്തായി എഴുതിയ സുശേഷം ഏഴാം അധ്യായം അതിൻ്റെ ഇരുപത്തി നാല് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള വാക്യങ്ങളിൽ ഒരു പണിയെക്കുറിച്ച് നമ്മൾ കാണുന്നു ഒന്ന് കോരിന്തിയർ മൂന്നാമധ്യായം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ പലതരത്തിലുള്ള പണികളെക്കുറിച്ച് കാണുന്നു അപ്പോൾ നമ്മളും ഈ ക്രിസ്തീയ ജീവിതത്തിൽ നിൽക്കുമ്പോൾ നമ്മളൊരു പണിയിലായി ഏർപ്പെട്ടിരിക്കുന്നത് ആ പണി ദൈവം നിലയിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള വിലയേറിയ കല്ലും കൊണ്ടുള്ള പണിയല്ലാതെ നമ്മൾ നമ്മൾ നമ്മുടെ ഒരു പാവം കൊണ്ടല്ല പക്ഷേ നമ്മുടെ ഒരു ശ്രദ്ധയില്ലായ്മ കൊണ്ടോ നമ്മുടെ ഒരു മൂർച്ചയില്ലായ്മ കൊണ്ടോ ഒക്കെ നമ്മൾ വൈക്കോല് കൊണ്ടും പുല്ലുകൊണ്ടും ഒക്കെ ഉള്ള പണിയിൽ സന്തോഷിച്ച അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ചിലപ്പം ദൈവം നമ്മളെ എന്ത് ചെയ്യുക എന്ത് ചെയ്യാം നമുക്ക് മൂർച്ചയും നമുക്ക് കൂടുതൽ ഫോക്കസ് നൽകാൻ വേണ്ടി ദൈവം ചില ശോധനകൾ നമുക്ക് അനുവദിക്കാം ഞാൻ പറഞ്ഞു വന്നത് ഞാൻ വിശദീകരിക്കാം പ്രിയപ്പെട്ടവരെയും ചിലപ്പോൾ ഈ പണി ചെയ്യുന്ന സഹോദരന്മാരാണല്ലോ ഇവിടെ ഉള്ളത് ചിലപ്പോൾ ചില സഹോദരന്മാർ കാണാം ചില കോടാലിയും ചില വെട്ടിരുമ്പൊക്കെ കൊണ്ടുവന്ന് കല്ലെ കൊണ്ടുവന്ന് തേക്കുന്നതും ഇരുമ്പ് കൊണ്ട് അതിൻ്റെ മണ്ടയ്ക്ക് അടിക്കുന്നതും ഒക്കെ കാണാം നമ്മൾ നമ്മൾ ആ കോടാലിയാണ് എന്നൊരല്പനേരത്തേക്ക് സങ്കല്പിക്കുക ഈ കോടാലി പറയുക ഈ എൻ്റെ യജമാനൻ എന്തും ഈ ചെയ്യുന്നത് ഞാനിവിടെ സുഖമായിട്ടിരുന്നപ്പോണ്ട് എൻ്റെ മണ്ടയ്ക്ക് ഇന്ന് രാവിലെ കൊണ്ടുവന്ന് ഇരുമ്പ് കൊണ്ട് ഭയങ്കര അടിയടിക്കുന്നു അടിയടിക്കുന്നു എന്നെ രാഗുന്നു എന്നെ ഈ കല്ലയിലിട്ട് ഉരയ്ക്കുന്നു ഈ കല്ലയിലിട്ട് ഒരയ്ക്കുന്നതും എന്നെ ഈ അടിക്കുന്നതും എനിക്ക് ഈ കോടാലിക്ക് സ്വാഭാവികമായിട്ട് ഇഷ്ടമാണോ അല്ല അല്ല അല്ല അപ്പോൾ കോടാലി പറയും ഞാൻ എന്തോ തെറ്റ് ചെയ്തു ഞാൻ കഴിഞ്ഞ ദിവസം യജമാനൻ ഇതെടുത്ത് മരം മുറിക്കാൻ നേരത്തെ ഞാൻ അതിൻ്റെ കൂടെ മരം മുറിച്ചതാണല്ലോ പിന്നെ എന്തിനാണ് എന്നെ ഇങ്ങനെ തല്ലുന്നത് പക്ഷേ യജമാനൻ അറിയാം അന്ന് മരം മുറിച്ചപ്പോൾ നിനക്ക് നല്ല മൂർച്ച എന്നാൽ രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ ഇവിടെ അല്ലെങ്കിൽ ഒരാഴ്ച ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പം നീ പതുക്കെ തുരുമ്പൊക്കെ എന്താ നിൻ്റെ മൂർച്ച കുറഞ്ഞു നിന്നെ കൂടുതലും മൂർച്ചയുള്ളവനാക്കാൻ വേണ്ടിയാണ് ഞാൻ എന്തു ചെയ്യുന്നത് ഈ കല്ലിൽ ഉരയ്ക്കുന്നത് അല്ലെങ്കിൽ ഇരുമ്പ് കൊണ്ട് നിന്നെ അടിക്കുന്നത് ഇതവൻ്റെ തെറ്റാണോ ഒന്നാമത് നമ്മൾ കഷ്ടതയ്ക്കുള്ള ഒന്നാമത്തെ കാരണം പറഞ്ഞതാണോ ഈ മൂന്നാമത്തെ കാരണം അല്ല ഒന്നാമത്തെ കാരണത്തിൽ അവൻ്റെ ഭാഗത്ത് ചില തെറ്റുകളുണ്ടായിരുന്നു ഈ മൂന്നാമത്തെ കാരണത്തിൽ എന്തില്ല അങ്ങനെ പ്രകടമായ ഒരു പാപമില്ല പക്ഷേ അവൻ്റെ ഭാഗത്ത് അവനെ കൂടുതൽ പ്രയോജനപ്പെടുത്താൻ ദൈവരാജ്യത്തിൻ്റെ പണിക്കായിട്ട് അവനെ കൂടുതൽ എക്യുപ് ചെയ്യാൻ വേണ്ടി അവന് കൂടുതൽ മൂർച്ച വരുത്താൻ വേണ്ടി അവന് കൂടുതൽ ഫോക്കസ് നൽകാൻ വേണ്ടി ദൈവം ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ആ യജമാനൻ അനുവദിക്കുന്ന ശോധനയാകാം അത് ഒന്ന് പത്രവും സ്വന്താമധ്യായത്തിൽ ഒന്ന് പത്രവും ഒന്നാം അധ്യായം അതിൻ്റെ ആറുമേഴും വാക്യങ്ങൾ നോക്കുക നിങ്ങളിപ്പോൾ അല്പനേരത്തേക്ക് നാൻ ആ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ ഇടവരും ചില കാര്യങ്ങളുടെയൊക്കെ മറുപടി നമുക്ക് എവിടെയെ കിട്ടുള്ളൂ തമ്പുരാൻ വന്നു കഴിഞ്ഞാൽ കിട്ടുള്ളൂ നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ ഏതോ പാവം കൊണ്ടു ഈ കാര്യങ്ങൾ എന്നാൽ അങ്ങ് അതിനുള്ള മറുപടി എവിടെ വെച്ചായിരിക്കും കിട്ടുന്നത് ചിലപ്പോൾ കർത്താവിൻ്റെ വരവില കിട്ടുന്നത് അത് എന്തിന് എന്തൊക്കെ വരുത്തും നമുക്ക് പുകഴ്ചയും തേജസ്സും മാനവും ഓ ഞാൻ അവനെ അന്ന് കല്ലിലിട്ട് മൂർച്ചയാക്കി അതുകൊണ്ടാണ് എനിക്കവനെ പിന്നീട് ഉപയോഗിക്കാൻ പറ്റിയത് കണ്ടോ അല്പനേരത്തേക്ക് നാനാ പരീക്ഷ സംഭവിക്കുമ്പം തീർച്ചയായിട്ടും ദുഃഖമുണ്ട് പക്ഷെ ആ ദുഃഖമൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു അത് വിശ്വാസത്തിൻ്റെ പരിശോധനയായിരുന്നു പാപത്തിനുള്ള ശിക്ഷയല്ലായിരുന്നു വിശ്വാസത്തിൻ്റെ പരിശോധനയായിരുന്നു ഇതാണ് മൂന്നാമത്തെ കാരണം നാലാമത്തെ ഒരു കാരണം കൂടെ വളരെ വേഗത്തിൽ പറഞ്ഞ് ഞാനെൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം ചിലപ്പോൾ മറ്റുള്ളവരുടെ പ്രയോജനത്തിനായിട്ട് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനായിട്ട് ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മിൽ വെളിപ്പെടാൻ വേണ്ടി ദൈവം ചില കഷ്ടതകളിലൂടെ നമ്മളെ നടത്തും അത് നമുക്ക് വേണ്ടിയാണോ ഇപ്പം ഒന്നും രണ്ടും മൂന്നും കാര്യങ്ങൾ പറഞ്ഞത് നമ്മളുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട എന്നാൽ ഈ നാലാമത്തെ കാരണം നമുക്ക് വേണ്ടിയല്ല മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നമുക്കൊരു വാക്യം നോക്കാം രണ്ട് കോരിന്തിരൊന്നാമധ്യായം ഈ രണ്ട് കോരിന്തിൻ്റെ ഒന്നാം അധ്യായം അതിൻ്റെ മൂന്ന് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഇതാ മനസ്സലിവുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ പൗലോസ് പറയുക മനസ്സലിവ് സർവാശ്വാസം ദൈവത്തെ സർവ്വാശ്വാസവും ഒക്കെ വിശേഷിപ്പിക്കുമ്പോൾ അവിടെ എന്തോ ഉണ്ട് അവിടെ ഒരു ആശ്വാസം കിട്ടേണ്ടേ ഒരു വിഷമം കിടപ്പുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും ആ താഴോട്ട് വായിക്കുമ്പോഴാത് അത് വ്യക്തമാകുന്നു നാലാമത്തെ വാക്യം ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾ കഷ ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു ഈ വാക്യം ഒരു മാല പോലിങ്ങനെ പറഞ്ഞേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാകുകയില്ല നിങ്ങൾ വീട്ടിൽ പോയിരുന്ന് ഓരോ ഭാഗങ്ങളായിട്ട് അടർത്തി എടുത്ത് ചിന്തിച്ചാലേ അത് വ്യക്തമാകുള്ളൂ എന്തോ ഈ പറഞ്ഞേക്കുന്നത് ദൈവം എന്തോ ചെയ്യുന്നു ദൈവം ഞങ്ങളെ എന്തോ ചെയ്യുന്നു ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് അപ്പോൾ ഇപ്പോൾ ആശ്വാസം കിട്ടണേ ഞങ്ങൾക്കെന്തോ ഉണ്ട് ഞങ്ങൾക്ക് കഷ്ടതയുണ്ട് ആ കഷ്ടത എന്തിനായിരുന്നു ഇതവിടെ തന്നെ പറയുന്നു യാതൊരു കഷ്ടത്തിലുള്ളവരെയും ആശ്വസിപ്പിപ്പാൻ ഞങ്ങൾ ശക്തരാകാൻ വേണ്ടിയാണ് ഞങ്ങളെ ഒന്നാമത് കഷ്ടതയിലൂടെ കടത്തിവിട്ടത് രണ്ടാമത് ആ കഷ്ടതയിൽ ഞങ്ങളെ ആശ്വസിപ്പിച്ചത് അപ്പോൾ ഞങ്ങൾക്കെന്തോ കിട്ടി ഒന്ന് ഞങ്ങൾക്ക് കഷ്ടത കിട്ടി രണ്ട് ഞങ്ങൾക്ക് ആ കഷ്ടതയിൽ നിന്ന് ആശ്വാസം കിട്ടി ഇതുകൊണ്ടുള്ള പ്രയോജനമാർക്കാണ് ഞങ്ങൾക്കാന്നോ മറ്റുള്ളവർക്കാണ് ഞങ്ങൾക്ക് ഇത് ഈ ഈ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഒരു നിക്ഷേപം ഞങ്ങളിലുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് എന്തോ ചെയ്യാൻ നോക്കും യാതൊരു കഷ്ടത്തിലും ഉള്ളവരെ ഞങ്ങൾക്ക് ആശ്വസിപ്പിക്കാനായിട്ട് കഴിയും അപ്പം ഞങ്ങളുടെ ഈ കഷ്ടത മറ്റുള്ളവർക്ക് വേണ്ടിയാണ് അതിൻ്റെ അടുത്ത വാക്യം ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു അടുത്ത വാക്യം ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിനും രക്ഷയ്ക്കും ആകുന്നു ആ വാക്യങ്ങളെ നിങ്ങളെ വീട്ടിൽ പോയി ധ്യാനിച്ചാൽ ഈ കാര്യം കൂടുതൽ വ്യക്തമാകും കണ്ടോ അവിടെ കർത്താവിൻ്റെ ജീവൻ നമ്മിൽ വെളിപ്പെടാനായിട്ട് കർത്താവ് നമ്മളെ കഷ്ടങ്ങളിലൂടെ കടത്തിവിടുന്നു പക്ഷേ അതെന്തിനു വേണ്ടിയാ നമ്മൾ സമാന കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നവരെ ആശ്വസിപ്പിക്കാൻ നമ്മൾ പ്രാപ്തരാകേണ്ടതിന് വേണ്ടിയാണ് നമ്മളൊരു ഒരു ദന്തഗോപുരത്തിലിരുന്നല്ല അവരെ ആശ്വസിപ്പിക്കുന്നത് നമ്മളും കഷ്ടങ്ങളിലൂടെ കടന്ന് ആശ്വാസം പ്രാപിച്ചിട്ടാണ് അവരോട് പറയുന്നത് നിങ്ങളെ ദൈവം ആശ്വസിപ്പിക്കുമെന്ന് പറയാൻ കഴിയുന്നു അതിന് നമ്മളെ എക്യുപ് ചെയ്യാൻ വേണ്ടി ദൈവം അനുവദിക്കുന്ന ഒരു കാര്യമായിട്ട് നമുക്കതിനെ കാണാൻ കഴിയും രണ്ട് കോരിന്തർ അതിൻ്റെ അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ രണ്ട് കോരിന്തർ നാലാമധ്യായത്തിലേക്ക് വരുമ്പോൾ നാലാമധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇതാ ഈ കാര്യങ്ങൾ കൂടുതൽ വ്യക്തതയോടെ പറയുന്നു അതിൻ്റെ എട്ട് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ നോക്കുക അവിടെ ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവർ എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല പൗലോസ തന്നെ കുറിച്ച് ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല ഉപദ്രവം അനുഭവിക്കുന്നവർ എങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല വീണ് കിടക്കുന്നവർ എങ്കിലും നശിച്ചു അടുത്ത വാക്യം പത്താം വാക്യം യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു കണ്ടോ ഞങ്ങളിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടുന്നു ആ ജീവൻ വെളിപ്പെടണമെങ്കിൽ എന്തോ വേണം ഒരു മരണത്തിലൂടെ ഒരു കഷ്ടതയിലൂടെ ഞങ്ങൾ കടന്നു അങ്ങനെ കഷ്ടതയിലൂടെ കടന്നുപോയി ഞങ്ങളിൽ ജീവൻ വെളിപ്പെടുന്നത് എന്തിനാണ് അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു നിങ്ങളെ നിങ്ങളിൽ ജീവനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ കാര്യത്തിലൂടെ കടന്നു പോകുന്നത് എന്ന് അവിടെ പറയുന്നു അതിൻ്റെ പതിനാറാമത്തെ വാക്യം നോക്കുക ആ അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേ ഉള്ള മനുഷ്യൻ നാൾക്ക് നാൾ മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു എന്താണിവിടെ പറയുന്നത് ഞങ്ങൾ മരണത്തിലൂടെ കടന്നു പോകുന്നു പക്ഷേ ഞങ്ങളിൽ ഒരു ജീവൻ വരുന്നു ഈ ജീവൻ ഞങ്ങളിൽ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് എന്തോ ചെയ്യാൻ ഒക്കും നിങ്ങളെ ജീവനിലേക്ക് കൊണ്ടുവരാനായിട്ടൊക്കും അപ്പം നമ്മൾ വിചാരിക്കുക ഇങ്ങനെ എന്തിനാണ് കഷ്ടപ്പെടുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ പ്രിയപ്പെട്ടവരെ നമ്മൾ കർത്താവിൻ്റെ കാര്യം നോക്കുക കർത്താവ് എന്തിനാ ഈ കാൽവരക്രൂശയിൽ ഈ പ പെടാപ്പാടെ സഹിച്ചത് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയാണോ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് അതുകൊണ്ടാണ് ഡ്രി ഡിട്രിച്ച് ബോൺ ഹോഫർ എന്ന് പറഞ്ഞ് ജർമ്മൻ തടവറയിൽ നാസി തടവറയിൽ ആ കൊല്ലപ്പെട്ട ദൈവഭൃത്യൻ പറഞ്ഞത് യേശുവിനെക്കുറിച്ച് പറഞ്ഞ ഒരു വാക്കുണ്ട് യേശുവിനെക്കുറിച്ച് പറഞ്ഞ വാക്കെന്താണെന്നറിയാം ഈ സെ മാൻ ഫോർ അതേഴ്സ് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു മനുഷ്യൻ യേശുവിൻ്റെ ജീവിതത്തെ ഡിട്രിച്ച് ബോൺ ഹോഫർ എന്ന് വെച്ചാൽ എന്താ യേശുവിൻ്റെ ജീവിതം നോക്കുക യേശുവിൻ്റെ ജീവിതം തുടക്കം മുതൽ ഒടുക്കം വരെ ആർക്കു വേണ്ടിയായിരുന്നു തനിക്ക് വേണ്ടിയായിരുന്നു താൻ എന്തിനാണ് ആ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കിയത് മറ്റുള്ളവരുടെ വിശപ്പ് തീർക്കാനാ എന്തിനാ ആ മരിച്ച കുഞ്ഞിനെ ജീവിപ്പിച്ചത് ആ അപ്പൻ്റെ അമ്മയുടെ വിഷമം തീർക്കാനാ ആ രോഗിയെ സൗഖ്യമാക്കിയത് എന്തിനാണ് തനിക്ക് ഏതാണ്ട് നേട്ടത്തിന് വേണ്ടിയാണോ അല്ല ഒടുവിൽ അങ്ങനെ താൻ ചെയ്ത് ചെയ്ത് ചെയ്ത് ഒടുവിൽ ക്രൂശിൽ മരിച്ചത് എന്തിനാ തനിക്ക് വേണ്ടിയാണോ ഈ പാപത്തിൽ വീണ് കിടക്കുന്ന ജനത്തിന് വേണ്ടിയാണ് അപ്പോൾ യേശു പോയ ഒരു വഴിയിലൂടെ ആണ് ഈ നാലാമത്തെ കഷ്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും കണ്ടോ യേശു മരിച്ചു പക്ഷെ അതിൽ നിന്നുള്ള ജീവൻ ആർക്ക് കിട്ടി ഈ അതിക്രമങ്ങളാലും പാവങ്ങളാലും മരിച്ചു കിടന്ന ഈ മനുഷ്യരെ ജീവിപ്പിക്കാൻ ആ ജീവൻ സഹായിച്ചു എന്ന് പറഞ്ഞതുപോലെ പൗലോസ് പറയുക ഞങ്ങളെന്താ ചെയ്യുന്നത് ഞങ്ങൾ ഇടുങ്ങിയിരിക്കും ഞങ്ങൾ കഷ്ട സഹിക്കുന്നു കിടക്കുന്നു ഉപദ്രവിക്കപ്പെടുന്നു ഉപേക്ഷിക്കപ്പെടുന്നു ഇതെല്ലാം ഞങ്ങൾക്ക് സംഭവിക്കുന്നു ഞങ്ങളിൽ ഞങ്ങളുടെ ശരീരത്തിൽ ഞങ്ങൾ മരണം വഹിക്കുന്നു എപ്പോഴും വഹിക്കുന്നു എന്തിനു വേണ്ടിയാണ് ആ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് പ്രിയപ്പെട്ടവർ കഷ്ടതയുടെ നാല് കാരണങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഒന്നെന്ന് പറഞ്ഞത് ഒന്നെന്ന് പറഞ്ഞത് നമ്മൾ തെറ്റിനുള്ള ശിക്ഷയാകാം തെറ്റിനുള്ള ശിക്ഷ കാര്യത്തെ തന്നെ നമ്മൾ ഇഴവിടർത്തി പരിശോധിച്ചു ലോകമനുഷ്യർക്ക് സുഖവും വിശ്വാസിക്ക കഷ്ടതയും ഉണ്ടല്ലോ അവിടെ ദൈവം നീതിമാനാണോ എന്നുള്ള ആ പോയിൻറ്റ് നമ്മൾ വളരെ വിശദമായിട്ട് ചിന്തിച്ചു ഓ ഒരു പക്ഷേ നമ്മൾ കടന്നു കഷ്ടത നമ്മുടെ തെറ്റിനുള്ള ബാലശിക്ഷയാകാം രണ്ട് സാത്ത നമ്മളൊരു പോർക്കളത്തിൽ നിൽക്കുമ്പോൾ പോർക്കളത്തിൽ മുറിവുകളാകാം മൂന്ന് നമ്മളെ കൂടുതൽ മൂർച്ച വരുത്താൻ വേണ്ടി ദൈവം ചെയ്യുന്ന നമുക്ക് അനുവദിക്കുന്ന ആ ഒരു കഷ്ടങ്ങളാകാം ശോധനകളാകാം അത് ആ പൊന്നിലൂടെ തീയിലൂടെ കടത്തി പൊന്നിനോടാണ് പത്രവും സുപമിക്കുന്നത് ആ ലലൂയ്യ ഒടുവിലായിട്ട് നമ്മൾ പറഞ്ഞു നമ്മളിൽ മരണവും മറ്റുള്ളവർക്ക് ജീവനും മറ്റുള്ളവരിലേക്ക് ജീവൻ ഇമ്പാർട്ട് ചെയ്യാൻ വേണ്ടി അവരെ ജീവനിലേക്ക് നടത്താൻ വേണ്ടി ഇപ്പം തന്നെ നമ്മൾ ഈ മധ്യസ്ഥ പ്രാർത്ഥന നമ്മളിന്ന് നോക്കുക ഞാൻ നമ്മളെ തന്നെ ഉയർത്തി കാണിക്കാൻ വേണ്ടി പറയുമല്ലോ പക്ഷേ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറയും നമ്മൾ ഇത്രയും പേര് രാവിലെ രാവിലെ നേരം എളുപ്പ ഒരു ഗ്ലാസ് ചായ കുടിച്ച് കാണുമായിരിക്കും ചിലരെ ഇന്ന് ഉപസോന്നും പറഞ്ഞ് രാവിലെ ഒന്നും കഴിക്കാതാണ് ഈ വന്നിരിക്കുന്നത് എന്തിനാണ് നമ്മൾ ഈ കഷ്ടപ്പെടുന്നത് നമുക്ക് രാവിലെ നല്ലപോലെ വലുതും കഴിച്ച് രണ്ട് ബുൾസൈവുമൊക്കെ കഴിച്ച് എന്തൊക്കെയാണ് അവിടെ പറയും അതെല്ലാം കഴിച്ച് നല്ല സുഖമായിട്ടിരിക്കരുത് എന്തിനാണ് ഈ വന്ന് ഇവിടെ വന്ന് നമ്മൾ എന്തുവാ ചെയ്യുന്നത് നമ്മൾ ഇത്രയും നേരം എന്തുവാ ചെയ്തത് നമ്മൾ അയ്യോ ീമോഗ്ലോബിൻ കുറഞ്ഞ ആ സൗഹരന് വേണ്ടി പ്രാർത്ഥിക്കുക ആരാ സൗഹരൻ ആ സൗഹരന് ഇപ്പം അറിയാതെ പുള്ളി ബുൾസിയൊക്കെ കഴിച്ച് വീട്ടിൽ സുഖമായിട്ടിരിക്കുക നമ്മൾ എന്തോ ചെയ്യുക നമ്മളൊന്നും കഴിക്കാതിരുന്ന് കണ്ടോ നമ്മിൽ മരണവും അവരിൽ ജീവനും മധ്യസ്ഥ പ്രാർത്ഥനയിലും ഈ ഒരു കാര്യമുണ്ട് ഒരു വളരെ നേരിയ തോതിലാണ് മത്യസ്ഥ പ്രാർത്ഥന ഉപവാസ പ്രാർത്ഥന നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നത് ഇതിലൊക്കെ എന്താ സംഭവിക്കുന്നത് നമ്മൾ കർത്താവ് എൻ്റെ ക്രൂശ്യൽ കർത്താവ് മുന്നോട്ട് വെച്ച ആ ഒരു പ്രമാണമില്ലേ എന്നിൽ മരണം നിങ്ങളിൽ ജീവൻ എന്നുള്ള ആ പ്രമാണത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് നമ്മൾ ഇന്ന് വന്നു നമുക്കെന്താ നേട്ടം നമ്മൾ ഭക്ഷണം കഴിച്ചില്ല നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നമ്മൾ കരഞ്ഞു നമ്മൾ വിഷമിച്ചു നമ്മുടെ മുഖത്തൊരു സന്തോഷമൊന്നുമില്ല ഈ ലോകത്തുള്ള മനുഷ്യരെല്ലാം സന്തോഷത്തിന് വേണ്ടിയല്ലേ ഓടുന്നത് സന്തോഷത്തിന് വേണ്ടി ലോകം മുഴുവൻ ഓടുമ്പോൾ നമ്മൾ കരച്ചിലിന് വേണ്ടി ഇവിടെ വന്നിരിക്കുന്നു എന്ത് നമുക്ക് കുഴപ്പമുണ്ടോ ൊരു കുഴപ്പമുണ്ട് നമുക്കെന്തോ കുഴപ്പം ഈ കാൽവരക്രൂശിലെ ആ ഒരു പ്രമാണത്താൽ പിടിക്കപ്പെട്ടു പിടിക്കപ്പെട്ടു ഞാൻ പറയുമ്പോൾ പറയുമ്പോൾ രക്ഷയിലേക്ക് വന്ന ഒരു പൈതലിനെ കുറിച്ച് ഒരപ്പം പറഞ്ഞ ഒരു തമാശ ഞാനെ കേട്ടിട്ടുണ്ട് ഇതെല്ലാം ഈ ഒരു പയ്യൻ പയ്യൻ ഒരു കുഴപ്പമൊന്നുമില്ലായിരുന്നു അങ്ങനെ ഇരിക്കുക അവൻ എന്തോ ചെയ്തു അവൻ രക്ഷിക്കപ്പെട്ടു രക്ഷിക്കപ്പെട്ടപ്പോൾ അവൻ എപ്പോഴും പാട്ടും പ്രാർത്ഥനയും വിഷമമല്ലോ ഈ അപ്പനൊന്നും മനസ്സിലാകുന്നില്ല അദ്ദേഹം എന്താ ഒരു ലോകമനുഷ്യനാണ് അപ്പോൾ അപ്പ പറ അപ്പം പറഞ്ഞു അപ്പന് തൻ്റെ കൂട്ടുകാരനായ വേറൊരുത്തനോട് പറഞ്ഞു എൻ്റെ മോൻ്റെ കാര്യം വലിയ കുഴപ്പമാണ് അവനെ പേപ്പെട്ടി ഏതാണ്ട് കടിച്ചാൽ നടത്തുന്നു പേപ്പെട്ടി ഏതാണ്ട് കടിച്ചു അവനെന്താ അവൻ അങ്ങ് മൂങ്ങുകയും കരയുകയും ഒക്കെയാണ് ചെയ്യുന്നത് ഏഹ് അപ്പം മറ്റേ അപ്പം പറഞ്ഞു തൻ്റെ മോനെ കടിച്ച പേപ്പെട്ടി എൻ്റെ മോനെ കൊടുന്ന് കടിച്ചിരുന്നെങ്കിൽ എന്നാ എൻ്റെ പ്രാർത്ഥന അവനെന്തോ ചെയ്യുക അവൻ നല്ല സുഖമാണ് മൊബൈലും മറ്റേതു എല്ലാം അവന് ലോകമനുഷ്യനായിട്ടും മദ്യപിച്ചും ഓടെ കിടക്കുകയൊക്കെയാണ് ഈ രണ്ടാമത്തെ അപ്പനെന്തോ പറയുന്നത് അയാൾ ഈ ആദ്യത്തെ മോനെ കണ്ടിട്ടുണ്ട് അവന് ഒരു കാലത്ത് എന്തായിരുന്നു ഓടെ കിടന്നവനായിരുന്നു പക്ഷെ ഒരു സുപ്രഭാതത്തിൽ അവൻ എന്ത് ചെയ്തു അവൻ രക്ഷിക്കപ്പെട്ടു സ്വർഗ്ഗത്തിൻ്റെ വേട്ടപ്പെട്ടി അവനെ പിടികൂടി സ്വർഗ്ഗത്തിൻ്റെ വേട്ടപ്പെട്ടി എന്ന് പറഞ്ഞ പ്രശസ്തമായ ഒരു കവിതയുണ്ട് എന്ന് വെച്ചാൽ ദൈവമെന്താ സ്വർഗത്തിലൊരു വേട്ടപ്പെട്ടിയുണ്ട് ആ വേട്ടപ്പെട്ടി ഓരോരുത്തരെ പിടികൂടുന്നു എന്നാണ് ആ കവിതയുടെ സാരം അതിത്രേ ഉള്ളു പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിൻ്റെ സന്തോഷങ്ങളുടെ പിന്നാലെ പോകുന്നവരെ സ്വർഗം പിടിക്കുന്നു പിടിക്കുന്നു ആ പിടിക്കുമ്പോൾ ആ പിടിക്കപ്പെട്ട ആളുകളെ ലോകമനുഷ്യരെ നോക്കുമ്പം അവർക്ക് മനസ്സിലാകുന്നില്ലേ ഇവിടെ ഇവ കുഴപ്പമൊന്നും ഒരു പയ്യനായിരുന്നു എല്ലാവരുടെയും കൂടെ കമ്പനിയെല്ലാം കൂടി എല്ലാം നടന്നുകൊണ്ടിരുന്നു ഇവന് എന്തോ പറ്റി പേപ്പെട്ടി ഏതുകൊണ്ട് കടിച്ചപ്പോ എന്തോ പറ്റി എപ്പോഴും കരച്ചിലും നിലവിളി അപ്പോൾ യഥാർത്ഥത്തിൽ അവനെ കാണുന്ന മറ്റേ അപ്പം പറയുക തൻ്റെ മോനെ കടിച്ച പേപ്പെട്ടി എൻ്റെ മോനെ കൂടുന്ന് കടിച്ചിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞു വന്നത് ഇതൊരു ദുഃഖത്തിൻ്റെ മാർഗമാസനത്തിൻ്റെ മാർഗമാണ് ഇടിവിൽ നിൽക്കുന്ന മാർഗമാണ് കഷ്ടതയുടെ മാർഗമാണ് ഏത് കഷ്ടത എല്ലാ കഷ്ടതയും നമുക്ക് വേണ്ടി മാത്രമുള്ള കഷ്ടതയല്ല മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള കഷ്ടത ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും അതൊരു പ്രമാണമാണ് ആ പ്രമാണത്താൽ ജീവിച്ച ഒരാളുണ്ട് അതാണ് കർത്താവായ യേശു ആ കർത്താവിനെ പിൻപറ്റുന്ന ആളുകളാണ് നമ്മൾ നമുക്ക് ദൈവസന്നിധിയിൽ കേട്ട വചനങ്ങളെ നമുക്ക് ധ്യാനിക്കുകയും നമുക്ക് ദൈവത്തോട്